geen sort vet i'en rupt swam he ma zvid wik v v m v ma v Sri wo swam swam ho swam on shall sa where the screen is in your flame vale keshi da മനോ മേ വാചി പ്രതിഷ്ഠ മാർമ്മേധി വേദസ്യണീ സ്ഥ അനേന അധീന അഹോരാത്രം സത്യം വതിഷ്യൻമാവത് തദ്മവു സന്ധി സന്ധി സന്ധി ചൈത്രിപുഷത്തിലെ അസ്മ ചധ്യേഷ്യസ്ഥിതി പ്രളയഗസംസരിവശക്തി ജഗത്സ്യവസ്തുന്തര എകാശാദ്രമേ സൃഷ്ടമ സ്വമാത്മാനം യഥാഭൂതം സാക്ഷാത് പ്രത്യബുദ്ധ്യത ആത്മാവാദമി തുടങ്ങി പരോക്ഷപ്രിയ ഇതുവരെയുള്ള ഭാഗം അതിന്റെ താല്പര്യം അവിടെ എന്തൊക്കെ ചർച്ച ചെയ്തോ അതെന്നെ ഈ ഒരു വാചകത്തിൽ ഭാഷകാരൻ ഒതുക്കിയിരിക്കുകയാണ് അതിൻ്റെ താൽപ്പര്യം വെളിപ്പെടുത്തുക ഇവിടെ തുടർന്ന് വരുന്ന ചർച്ചയുടെ ലക്ഷ്യം ശ്രുതിയുടെ വിവക്ഷിതമായ അർത്ഥം എന്താണ് അത് വെളിപ്പെടുത്തുക ഇവിടെ ഭാഷകാരം പറയുന്നുണ്ട് ഒന്ന് പ്രതീയമാനാർത്ഥം ശബ്ദാർത്ഥ ജ്ഞാനമുള്ള ഒരാൾ പദപദാർത്ഥ ജ്ഞാനമുള്ളവരാണ് വേദാധ്യയനം സംഘമായി വേദാധ്യയനം ചെയ്ത ഒരാൾ വേദത്തിൻ്റെ സ്വാധ്യായത്തിൽ തോന്നുന്ന അർത്ഥം അതാണ് പ്രതീയമാനാർത്ഥം എന്ന് പറയുന്നത് അങ്ങനെയുള്ളവർക്ക് തോന്നുന്നു വേദം കേവല സ്വാധ്യായം കൊണ്ട് സാധ്യമല്ല സംഘം വേദാധ്യയനം ചെയ്യും ിക്ഷാകൽപം വ്യാകരണ നിരക്തം ഛന്തസ്സതെല്ലാം മനസ്സിലാക്കി വേദാധ്യയനം ചെയ്യുന്നു അങ്ങനെ അധ്യയനം ചെയ്യുന്ന ഒരാൾക്ക് വേദത്തിന്റെ സ്വാധ്യായത്തിൽ തോന്നുന്നവർക്കും പ്രതിദിനമുള്ള അധ്യയനത്തിൽ തോന്നുന്നാർത്ഥം അതാണ് പ്രതീയമായ അർത്ഥം ആ വേണ്ടയോ എന്നാണ് ഇവിടെ ഭാഷകാലം ചർച്ച ചെയ്ത് അത് മുഖ്യമായ അർത്ഥമല്ല മുഖ്യമായ അർത്ഥം എന്താണ് അത് വിവക്ഷിതമായ അർത്ഥം ശ്രുതി ഓരോ അർത്ഥത്തെ ബോധിപ്പിക്കുന്നതിന് താൽപ്പര്യപ്പെടുന്നുണ്ട് അതാണ് വിവക്ഷിത അർത്ഥം ആ അർത്ഥത്തെ ഗ്രഹിക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത് പ്രതീയമാനാർത്ഥം എന്നുവെച്ചാൽ നമുക്ക് പ്രതികരമാകുന്ന അർത്ഥം സ്വാധ്യായം ചെയ്യുമ്പോൾ തോന്നുന്ന അർത്ഥം ആ അർത്ഥത്തെ ഗ്രഹിക്കാൻ പാടില്ല എന്തുകൊണ്ട് ആ അർത്ഥത്തിൽ പല വൈരുദ്ധ്യങ്ങളും അനുഭവപ്പെടുന്നു വിരുദ്ധ അനേകാർത്ഥ പ്രതിപാദകത്വം അനേകാർത്ഥം പരസ്പര വിരുദ്ധമായ അർത്ഥങ്ങൾ അതിൽ തോന്നും അതുപോലെ ഒന്നോരോന്നായിട്ട് ഇവിടെ ഭാഷകാര്യങ്ങൾക്ക് പറയുന്നുള്ളൂ ഇതുപോലെ ചർച്ച ചെയ്ത കാര്യങ്ങൾ പലതും യുക്തിക്ക് നിരക്കുന്ന കാര്യങ്ങളാണ് ചോദ്യം ബഹുചാക്ര ചോദ്യ ദ്രവ്യം ഒരുപക്ഷെ നമ്മൾ ചിന്തിച്ചില്ലെങ്കിലും ചോദിക്കുകയെന്ന് വെച്ചാൽ ചിന്തിക്കും പലതും ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഒരു സൃഷ്ടികളത്താവ് സൃഷ്ടിച്ചു മറ്റൊന്നിനെ ആശ്രയിക്കുക അതെങ്ങനെ സംഭവിക്കും പാത്രം ഉണ്ടാക്കുന്ന കണ്ണ് പാത്രം ഉണ്ടാക്കണമെങ്കിൽ മണ്ണ് വേണം ഇവിടെ ഈശ്വരൻ ഏകനാണെന്ന് പറഞ്ഞു ഏകനായിരിക്കുന്ന ഈശ്വരൻ എങ്ങനെ സൃഷ്ടി സാധ്യമാകും ഈശ്വരന്റെ സ്വഭാവമല്ല സൃഷ്ടിക്കുള്ളത് സൃഷ്ടിയിൽ നാനാത്വം ഉണ്ട് വൈത്രി ഉണ്ട് വൈരുദ്ധ്യങ്ങളുണ്ട് ഇതൊന്നുമില്ലാത്തയാളാണ് ഈശ്വരൻ അങ്ങനെയുള്ള ഈശ്വരന് ഈ വിഷമപൂർണമായ ഭാഷകാലം പറയും വൈരുദ്ധ്യാത്മകമായ സൃഷ്ടി അതെങ്ങനെ സാധ്യമാകും ശ്രുതിയിലങ്ങനെ സൃഷ്ടിയെ കുറിച്ച് പറയുന്നു ഇവിടെ പറഞ്ഞു ലോകപാലന്മാരെ സൃഷ്ടിച്ചു ഭൂതങ്ങളെ സൃഷ്ടിച്ചു ദാഹത്തെയും മിസപ്പിനെയും സൃഷ്ടിച്ചു ഇങ്ങനെയുള്ള സൃഷ്ടിയെക്കുറിച്ച് പറയും ഇതെ സാധ്യമാകും ഇതൊന്നും ഈശ്വരന്റെ സ്വഭാവത്തിൽ ചേരുന്നില്ല ഇങ്ങനെ ധാരാളം ചോദ്യങ്ങൾ എന്ന് ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഇവിടെയുണ്ട് ഇതെല്ലാം ശ്രുതിയിൽ നിന്നും മനസ്സിലാക്കിയ അർത്ഥമാണ് പ്രതീയമാനമായ അർത്ഥവുമാണ് എന്താണ് ഇതിന്റെ താല്പര്യം ാല്പര്യത്തെ മനസ്സിലാക്കണം അപ്പൊ താല്പര്യം ഇവിടെ വളരെ ദീർഘമായ ചർച്ചയാണ് അതിന്റെ അവസാനം പറയുന്ന താല്പര്യം എന്താണോ സൃഷ്ടിയെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതല്ല സൃഷ്ടിയെ പഠിപ്പിക്കുകയല്ല ഇതെങ്ങനെ ഉണ്ടായി എങ്ങനെ നിലനിൽക്കുന്നു ഇതൊന്നും ബോധിപ്പിക്കാൻ ശ്രുതിക്ക് താല്പര്യമില്ല അതെല്ലാം പ്രതീയമാനമായ അർത്ഥമാണ് നമുക്ക് തോന്നുന്ന അർത്ഥങ്ങളാണ് അതിന് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല ശ്രുതിയുടെ താല്പര്യം എന്താണ് തന്നെ ബോധിക്കുക അതാണ് ശ്രുതിയുടെ താല്പര്യം അതിനുവേണ്ടി ഇതെല്ലാം പറയുന്നു സൃഷ്ടി എന്ന് പറയുന്നത് എന്താണ് തന്റെ കാഴ്ച തന്റെ ദൃശ്യം എന്താണ് സൃഷ്ടി അതിനെ ബോധിക്കുക അല്ല തന്നെ ബോധിക്കുക അതിനുവേണ്ടി ഇതെല്ലാം പറയുന്നു അതിനുവേണ്ടി എന്തിനും ഇങ്ങനെ പറയണം നേരിട്ടതങ്ങ് ബോധിപ്പിച്ചാൽ പോലെ നേരിട്ട് ബോധിപ്പിക്കാമായിരുന്നു പക്ഷെ അങ്ങനെ നേരിട്ട് ബോധിപ്പിച്ചാൽ ബോധിക്കാനാണില്ല അതെന്താ പറയുന്നു ഇത് അങ്ങനെ നേരിട്ട് ബോധിപ്പിച്ചാൽ ഇത് ബോധിക്കാന്ന് പറയുന്നത് ആയാസകരമാവും ശ്രുതിയെ ആര് വളരെ ക്ലേശകരമായ ക്ലിഷ്ടമായ മാർഗത്തിലൂടെ ഇതിനാരും ബോധിക്കാൻ ശ്രമിക്കുന്നത് അപ്പൊ ഇതിനെ അനായാസമായി ബോധിക്കുക അനായാസമായി എങ്ങനെ ബോധിക്കും പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞാലോ അതെന്താ അനായാസത പറയുന്നു മനുഷ്യന്റെ ജീവന്റെ മനസ്സെന്ന് പറയുന്നത് തമസിലാണ് അലസതയിലാണ് അത് യോഗക്ഷേമങ്ങളിൽ താല്പര്യമുള്ള മനസ്സാണ് ലൗകികമായ യോഗക്ഷേമം ആധ്യാത്മികമായല്ല ഇപ്പോൾ കാമമോഹങ്ങളിൽ അതിങ്ങനെ ആണ്ടുകിടക്കുന്ന മനസ്സാണ് ആ മനസ്സിൽ ഇതൊന്നും അങ്ങോട്ട് കയറത്തില്ല ഇങ്ങനെ പ്രവേശിപ്പിക്കാനും സാധ്യമല്ല അന്ധതയിലും തമസ്സിലും നിദ്രയിലുമാണ് മനസ്സ് അപ്പോൾ ആ മനസ്സിനെ ഒന്ന് ഉണർത്തണം അതിനു വേണ്ടിയിട്ടാണ് ഈ വർണ്ണനകളെല്ലാം അർത്ഥവാദ രൂപത്തിലുള്ള വർണ്ണങ്ങൾ കാരണം മനസ്സ് ഇഷ്ടമുള്ളതെ ശ്രവിക്കും മനസ്സിന് സൃഷ്ടി അതിന് ഇഷ്ടമുള്ളതാണ് ദൃശ്യം അനിഷ്ടമുള്ളതാണ് ശബ്ദസ്പർശ രൂപത്തിലുള്ള ദൃശ്യം ഇഷ്ടമാണ് അപ്പം മനസ്സിന് ഇഷ്ടമുള്ളതിനെ പറയുന്നു അപ്പോൾ മനസ്സ് ഉണരുന്നു ശ്രദ്ധിക്കുന്നു മനസ്സിന്റെ ശ്രദ്ധ ഏകാഗ്രതാണ് മനസ്സിന്റെ ഉണർവ് അത് വരുന്നു ആദ്യം ഇതിനൊന്നും ചെവി കൊടുക്കണം നേരിട്ട് തത്വം പറയണമെങ്കിൽ ഒരു മനസ്സ് അതിന് ചെവി കൊടുക്കത്തില്ല കേൾക്കാൻ താല്പര്യം നമുക്കറിയാം ഈ കാമമോഹങ്ങളിൽ മുഴുകിയിരിക്കുന്നു ജീവന്മാർ ഒരിക്കലും അവർക്ക് തത്വശ്രവണത്തിന് താല്പര്യം ഉണ്ടാകത്തില്ല രഹസ്യങ്ങൾ അവർക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവത്തില്ല അവരുടെ മനസ്സ് ഈ ഭൗതികമായ വിഷയങ്ങളിൽ തന്നെ മനസ്സിനെ ഒന്ന് ഉണർത്തണം അതിലേക്ക് അലസതയിൽ നിന്ന് മനസ്സിനെ ഒന്ന് ഉണർത്തണം അതിനുവേണ്ടി സൃഷ്ടിയെക്കുറിച്ച് ഇങ്ങനെയെല്ലാം വർണ്ണിക്കും അവ ശ്രദ്ധിക്കും കാരണം മനസ്സിനത് ഇഷ്ടമാണ് അങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ അവന്റെ മനസ്സിൽ വരുന്നതിനാണ് പ്രതീയമാന അർത്ഥമെന്ന് പറയുന്നത് പ്രതീതമാകുന്ന അർത്ഥം അവർക്ക് കുറേ ധാരണകൾ ഉണ്ടാവും എന്നതാണ് സൃഷ്ടി അവിടെ നിന്ന് മനസ്സ് ഉണർന്ന് മനസ്സ് കൂടുതൽ മുന്നിലോട്ട് പോകുമ്പോൾ കൂടുതൽ ഏകാഗ്രമാകുമ്പോൾ ശ്രുതിയുടെ വിവക്ഷിതമായ അർത്ഥം കിട്ടും അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ ചർച്ച ശ്രുതി ഈ സൃഷ്ടിയെക്കുറിച്ചെല്ലാം ഇങ്ങനെ പറഞ്ഞു അത് മനസ്സവസാനം അതിൻ്റെ പുറകത്തിൽ തന്നെ തന്നെ എത്തിച്ചേരും അതിനുവേണ്ടി ഇത്രയും വിശദമായി ചർച്ച ചെയ്തു അതിൽ കഴിഞ്ഞാൽ താല്പര്യമില്ല അപ്പോൾ വളരെ ക്ലിഷ്ടമായ ക്ലേശകരമായ മാർഗത്തെ പിന്തുടരാൻ മനസ്സ് തയ്യാറല്ലാത്തതുകൊണ്ട് മനസ്സിന് ശ്രദ്ധയും ഏകാഗ്രതയും ഒന്നുണ്ടാക്കുന്നതിന് ഒരു ഉണർവ് ശ്രദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പറയുന്നു കഥകളും മറ്റും പറയുന്നു കഥാരൂപത്തിൽ ഇതൊക്കെ പറയും കുരീശ്വരനുണ്ടായി അതിങ്ങനെ ഓരോന്നായി സൃഷ്ടിച്ചു ഇത്തരത്തിലെല്ലാം പറയും അതിന്റെ താല്പര്യം അതിലല്ല അതുകൊണ്ട് സൃഷ്ടിയെക്കുറിച്ച് ഇവിടെ ഒന്നും വിശേഷിച്ച് പഠിപ്പിക്കുന്നില്ല എന്തുകൊണ്ട് അനുഭാഷിക്കാരം പറയുന്നത് പ്രയോജനരഹിതമാണോ സൃഷ്ടിയെക്കുറിച്ച് പഠിച്ചുകഴിഞ്ഞാൽ പ്രയോജനമുണ്ടല്ലോ ഭൗതികമായ പ്രയോജനങ്ങൾ സൃഷ്ടിയെ പഠിക്കുക സൃഷ്ടി ഉപയോഗിക്കുക അത് മനുഷ്യന്റെ നേട്ടങ്ങളായി കണക്കാക്കുന്നു പറയുന്നു അതൊന്നും ലാഭമല്ല ഭാഷകാരൻ അതിനൊന്നും ലാഭമായി കണക്കാക്കുന്നു ഭക്ഷിക്കാരൻ ഇവിടെ നേട്ടമായി കണക്കാക്കുന്നത് ആത്മജ്ഞാനത്തെ മാത്രം സൃഷ്ടിയെക്കുറിച്ചുള്ള ജ്ഞാനമല്ല ആത്മജ്ഞാനം ഒഴികെ എന്തെല്ലാം മനസ്സിലാക്കിയാലോ അതൊന്നും ലാഭമല്ല നേട്ടമല്ല അതുകൊണ്ടത് ശ്രദ്ധിക്കേണ്ട കാര്യമേ ഇല്ല അതിന് താൽപ്പര്യം ഇല്ല എന്നാണ് പക്ഷെ നമ്മൾ വേദം അധ്യയനം ചെയ്യുമ്പോൾ അതിൽ ഈ പ്രതീതമാകുന്ന അർത്ഥത്തിൽ പിന്തുടർന്ന് നമ്മുടെ മനസ്സ് പലവഴിക്കും ശബ്ദജാലം എന്ന് പറയുന്നു മനസ്സ് നാനാത്വത്തിലേക്ക് പോകും പ്രപഞ്ചത്തെക്കുറിച്ച് സൃഷ്ടിയെക്കുറിച്ചൊക്കെ പഠിക്കാൻ ശ്രമിക്കുക ഇതിൽ നിന്ന് വേദത്തിൽ നിന്നും അതെല്ലാം അസംബന്ധമാണെന്നാണ് ഭാഷകാലം പറയുന്നത് അതുകൊണ്ടൊന്നും ഒരു നേട്ടമുണ്ട് ഭൗതികമായ നേട്ടമുണ്ടായാൽ അതിന് നേട്ടമായി ഇവിടെ കണക്കാക്കുന്നുണ്ട് ഇവിടെ പറയുന്ന എന്താണ് ഇതെല്ലാം സ്വാത്മബോധാർത്ഥം സ്വാത്മബോധം എന്തിനന്നുണ്ടാകുന്നു അതിനെ മാത്രമേ ഇവിടെ ലാഭമായി കണക്കാക്കുന്നുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം അതാണ് ഈ സന്ദർഭത്തിൽ വളരെ വിശദമായ ചർച്ചയിൽ അതിൻ്റെ താല്പര്യത്തെ ഞാൻ പറഞ്ഞത് അതിന്റെ താല്പര്യം അതാണ് പറഞ്ഞത് നസ്മിൻ ചതുർത്ഥാധ്യായ പറഞ്ഞ ചതുർത്ഥാധ്യായം എന്ന് പറയുമ്പോൾ വരുന്ന ആ ആരണ്യത്തിന്റെ ക്രമം വരികയാണ് ഇവിടെ ഉപനിഷത്തിൽ രണ്ടാം അധ്യായമാണ് ഇതുവരെ വന്ന ക്രമം അനുസരിച്ചത് നാലാമത്തെ അധ്യായം ഇവിടെ വാക്യാർത്ഥം താല്പര്യം ഇതാണെന്താണോ ജഗതുത്പത്തി പ്രളയകൃത് ഈ സൃഷ്ടിസ്ഥിതി പ്രളയങ്ങള് ചെയ്യുന്നവനായ അസംസാരിയായ ഈശ്വരനെ വിശേഷിപ്പിക്കുകയാണ് സർവജ്ഞ സർവത്തെയും സാമാന്യമായി അറിയുന്നുവൻ സർവശക്തി സർവശക്തനായവൻ സർവത്തെയും വിശേഷമായി അറിയുന്നവൻ സർവമിതം ജഗ ഈ ജഗത്തെ സ്വത അന്യ വസ്തുതരം അനുപാതായ തന്നും വേറിട്ടൊന്നിനെയും സ്വീകരിക്കാതെ ഒരു ഉപാദാനത്തെയും സ്വീകരിക്കാതെ തന്നെ ആകാശാദിക്രമേണ സൃഷ്ട ആകാശാദിക്രമത്തിൽ സൃഷ്ടിച്ചു അതാണ് ഇതുവരെ ചർച്ച ചെയ്ത് സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്നവനാണ് ജഗത്തിനെ സൃഷ്ടിച്ചത് അല്പജ്ഞനായ ജീവനല്ല ജീവനതിന് സാധ്യമല്ല ജീവനെ സംബന്ധിച്ചിടത്തോളം ജഗത്ത് അചിന്യമാണ് അതുകൊണ്ട് തന്നെ ജീവനത് സൃഷ്ടിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് സൃഷ്ടികർത്താവായി ഒരു ഈശ്വരനുണ്ട് എന്ന് ശ്രദ്ധയില്ല പറയുന്നു ഐശ്വരൻ സർവജ്ഞൻ സർവശക്തനുമായതുകൊണ്ട് പാത്രം ഉണ്ടാക്കുന്നതിനും മണ്ണിന്റെ ആവശ്യമുള്ളതുപോലെ ഐശ്വരൻ നിന്ന് വേറിട്ട് മറ്റൊന്നിനെ ആശ്രയിക്കുന്നില്ല സ്വതോ അന്യ വസ്തുതരം അനുപാതായ തന്നിൽ നിന്ന് വേറിട്ടൊന്നിനെ സ്വീകരിക്കാതെ ആകാശാതിക്രമേണ സൃഷ്ട ആകാശാതിക്രമത്തിൽ ഇതിനെ സൃഷ്ടിച്ച് എന്ത് ചെയ്തു സ്വയം പ്രവിവേശ സൃഷ്ടിയിലേക്ക് അവൻ പ്രവേശിച്ചു ഈ സൃഷ്ടിയിൽ നിന്നും പൂർണ്ണമായും വേറിട്ട സൃഷ്ടിയിൽ നിന്നും പൂർണ്ണമായും സ്വതന്ത്രനായ സൃഷ്ടിയുമായിട്ട് ഒരു സംബന്ധമില്ലാതിരുന്ന ഈശ്വരൻ തന്റെ സൃഷ്ടിയിലേക്ക് പ്രവേശിച്ചു അവന് എട്ടുകാരിയുടെ ഉദാഹരണം പറയും അത് വേറിട്ടൊരു വലയുണ്ടാക്കിയിട്ട് അതിലേക്ക് കിടക്കുന്നു അതുപോലെ ദൃഷ്ടാന്തമാണ് സർവാണിജ പ്രാണാതിമ ശരീരാദി തനിക്ക് പ്രവേശിക്കുന്നതിന് വേണ്ട ശരീരങ്ങളെ ഉണ്ടാക്കി പ്രാണിശരീരങ്ങൾ ഇന്ദ്രിയങ്ങളും പ്രാണനും മറ്റും ഉള്ള ആ ശരീരങ്ങളെ സൃഷ്ടിച്ചിട്ട് സ്വയം പ്രവേശിച്ച് അതിലേക്ക് പ്രവേശിച്ചു ഇവിടെ സാധാരണ ചോദിക്കുന്ന ചോദ്യമാണ് ഈശ്വരൻ ഏകനാണ് മുക്തനാണ് സംസാരവുമായിട്ട് യാതൊരു സ്പർശവും ഇല്ലാത്തവനാണ് അങ്ങനെയുള്ള ഈശ്വരൻ എന്തിനീ സൃഷ്ടിക്ക് പോയി നിന്ന് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ എന്താണോ വീണ്ടും സംസാരത്തിലേക്ക് വന്നു ജനന മരണങ്ങളിലേക്ക് വന്നു ഇതെന്തിനു വേണ്ടി ഇതിന്റെ ആവശ്യം സ്വയം മുക്തനായിരിക്കുന്ന ഈശ്വരൻ സ്വയം ഭരിച്ചു എന്ന് പറയുന്നതിന് എന്താ ഒരു ഭംഗമുണ്ടവിടെ അതെന്തിനു വേണ്ടിയാണോ അതിന്റെ ആവശ്യം എന്തല്ലോ എന്നിട്ട് വീണ്ടും മുക്തിക്ക് വേണ്ടി പരിശ്രമിക്കും ഇതൊരു വിരോധാഭാസമാണ് അതെന്തിനു വേണ്ടി അതിന് പറയുന്നു സ്വപ്നബോധാർത്ഥം സൃഷ്ടി എന്തിനു വേണ്ടിയാണോ സ്വസ്വരൂപത്തെ ബോധിക്കുന്നതിനു വേണ്ടി അതിനുവേണ്ടി തന്നെ പ്രവേശിച്ചു അതിലേക്ക് പ്രവേശിച്ചിട്ട് സ്വസ്വരൂപത്തെ ബോധിക്കും പറഞ്ഞല്ലോ ഈശ്വരൻ സർവജ്ഞനും സർവവിത്തുമാണ് ഈശ്വരനെ തന്റെ സ്വരൂപത്തെ ബോധിക്കേണ്ട ആവശ്യമില്ല പക്ഷെ സൃഷ്ടിച്ചതിന് ശേഷം അതിലേക്ക് അനുപ്രവേശം നടത്തിയത് ആ സൃഷ്ടിയിൽ നിന്ന് ഈശ്വരൻ മാറി നിൽക്കുകയാണെങ്കിൽ ീശ്വരന് സ്വാത്മബോധത്തിന്റെ ആവശ്യമുണ്ട് പക്ഷെ ഈശ്വരൻ ആ സൃഷ്ടിലേക്ക് പ്രവേശിച്ചു ത സൃഷ്ട് പ്രാപിച്ചത് അതിനാണ് സംസാരമെന്ന് പറയുന്നത് അതിനാണ് ജീവഭാവം എന്ന് പറയുന്നത് അതെന്തിനു വേണ്ടി അത് പറയുന്നു സ്വാത്മബോധാർത്ഥം സ്വാത്മബോധത്തിന് വേണ്ടി എന്താ അവിടെ സ്വത്നബോധം വേണ്ടിവരുന്നത് കാരണം ഈശ്വരൻ സൃഷ്ടിച്ച് അതിലേക്ക് പ്രവേശിച്ചു ആ പ്രവേശിച്ചപ്പോൾ അവിടെ സ്വാത്നബോധം നഷ്ടപ്പെട്ടു അതിനുള്ള ചില ഭാഗങ്ങളിൽ ആത്മവിസ്മൃതി സംഭവിച്ചു നിജസ്മൃതി വേണം എന്നെല്ലാം പറയുന്നു ആത്മസ്മൃതി വേണം എന്നെല്ലാം പറയുന്നത് ഈ അർത്ഥത്തിലാണ് ഈശ്വരൻ സർവജന സർവവിത്തവമാണ് അതുകൊണ്ട് തന്നെ ഈശ്വരന് പ്രത്യേകിച്ച് ഒരു ആത്മബോധത്തിന്റെ ആവശ്യമില്ല പക്ഷേ സൃഷ്ടിയിൽ പ്രവേശിച്ചപ്പോൾ അത് നഷ്ടപ്പെട്ടു അവിടെ അത് നഷ്ടപ്പെട്ടു അതെന്താ അങ്ങനെ നഷ്ടപ്പെടുന്നത് അതിനാണ് പറയുന്ന മായ അതുകൊണ്ട് അത് നഷ്ടപ്പെടുത്തി മായ അതിനെ നഷ്ടപ്പെടുത്തി അത് എന്തിനു പ്രവേശിക്കുന്നു ആ നഷ്ടപ്പെട്ട ബോധത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടി വിസ്മൃതമായതിനെ വീണ്ടും സ്മരിക്കുന്നതിന് വേണ്ടി അത് പ്രവേശിച്ചപ്പം തന്നെ നഷ്ടപ്പെട്ടു പ്രവേശം തന്നെ നഷ്ടപ്പെടുന്നത് വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് രണ്ടും ഒരേ സമയം സംഭവിക്കുന്നു ഒരുപോലെ സംഭവിക്കുന്നു അത് പ്രവേശിച്ചില്ലായിരുന്നുവെങ്കിൽ നഷ്ടപ്പെടില്ലായിരുന്നു അപ്പോ എന്താണോ സർവശക്തൻ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് സർവശക്തനായിരിക്കുന്ന ഈശ്വരന് ആ പ്രവേശവും അതിൽ ആത്മബോധത്തിൻ്റെ നഷ്ടപ്പെടലും വീണ്ടും ആത്മബോധത്തിൻ്റെ വീണ്ടെടുക്കലും എല്ലാം ഒരുപോലെ അതിനൊരു കാരണമായി പറയാനുള്ളൂ സ്വാത്മമായയ തന്റെ മായകൊണ്ട് ഈ സംസാരമെന്ന് പറയുന്നത് ആ സംസാരത്തെ സ്വയം ഭരിച്ചത് ഇതിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടിയാണ് അത് ഈശ്വരൻ സ്വയം ഭരിച്ചതാണ് അല്ലെങ്കിൽ സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരന് ഈ ഒരു സൃഷ്ടിയുടെ ആവശ്യം ഈശ്വരഭാവത്തിൽ പൂർണനാണ് സർവജ്ഞനാണ് ജീവഭാവത്തിൽ അപൂർണനായി അൽപജ്ഞനായി രണ്ടും ഒരാള് തന്നെ അതുകൊണ്ട് ജീവനാണ് സൃഷ്ടിക്കുന്നത് ഈശ്വരനാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ടിടത്തും താല്പര്യം ഒന്നും പരമമായ താല്പര്യം ഒന്നും ചില സ്ഥലത്ത് പറയും എന്താണോ ഇതെല്ലാം സ്വന്തം കൽപ്പനയാണ് ഈ സൃഷ്ടി എന്ന് പറയുന്നത് നമ്മൾ ചർച്ച ചെയ്തതാണ് സ്വപ്നദിഷ്ടാന്തം കൊണ്ട് സ്വപ്നം പോലെ സ്വപ്നത്തിൽ അവിടെ മറ്റാരും ഇല്ലല്ലോ സ്വപ്നം കാണുന്നവൻ അവന്റെ കല്പനയാണ് ഈ സൃഷ്ടിയെല്ലാം എന്ന് പറയുന്നത് ഇവിടെ പറയുന്നു സർവജ്ഞനായി ഈശ്വരനാണ് സൃഷ്ടിച്ചത് സൃഷ്ടിച്ചിട്ട് അനുപ്രവേശം നടത്തി അവിടെ പറയുന്ന അങ്ങനെയല്ല അനുപ്രവേശിച്ചവൻ തന്നെ സൃഷ്ടിക്കുന്നു എന്നാണ് ഇതിനും നമുക്കൊരു വൈരുദ്ധ്യം തോന്നുന്നു ഇതങ്ങനെ ശരിയാണ് ജീവനാണ് ജാഗ്രത സ്വപ്നം സൃഷ്ടിക്കുക ജീവനാരാണ് ഈ സൃഷ്ടിയിലേക്ക് അനുപ്രവേശം നടത്തിയവനാണ് ആ ജീവൻ സൃഷ്ടിക്കുന്ന ഇതുപോലെ സ്വപ്നം പോലെയെന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ ഉത്തരവാദിത്വർക്കായി ജീവനാണ് ഈശ്വരനല്ല അതിനാണല്ലോ സ്വപ്നദിഷ്ഠാന്നും പറയുന്നത് സ്വപ്നനിഷ്ഠാത്ത സർവവും ആ സ്വപ്നദൃഷ്ടാവിന്റെ സൃഷ്ടിയാണ് അതുപോലെയാണ് ഈ കാണുന്നത് സർവമെങ്കിൽ ഈ ജീവനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെ അവിടെ ഒരു ഈശ്വരന്റെ ആവശ്യമുണ്ട് ഇവിടെ പറയുന്ന എന്താണ് സർവജ്ഞനും സർവശക്തനുമായ ഒരാൾ സൃഷ്ടിച്ചതിന് ശേഷം ആ സൃഷ്ടിയിൽ അനുപ്രവേശം ചെയ്തു ജീവഭാവം വന്നു അവിടെ ജാഗ്രത സ്വപ്ന സൃഷ്ടികൾ വന്നു അവിടെയാണ് ഉണർന്നു കാണുന്നവനും സ്വപ്നം കാണുന്നവനുമല്ല സൃഷ്ടിച്ചതാരായി ഈശ്വരനാണ് സൃഷ്ടിച്ചത് ജീവൻ അതിന് പങ്കെടുക്കുന്നത് പക്ഷേ അങ്ങനെയും പറയുന്നുണ്ട് അപ്പൊ അതിന്റെ താല്പര്യം എന്താ ഓണ പറഞ്ഞേഷ സർവീശ്വരേഷ സർവജ്ഞ എന്താണ് ഇതെല്ലാം തുര്യന്റെ സ്പന്ദനം അതാണ് തുര്യന്റെ ചിത്തസ്പന്ദനമാണ് സൃഷ്ടി അല്ലാതെ സൃഷ്ടി അജ്ഞനായ ജീവൻറേതാണെന്നൊരിടത്തും പറയുന്നുണ്ട് അജ്ഞനായ ജീവനെ സൃഷ്ടിക്കാൻ നമ്മുടെ സർവജ്ഞതയും സർവ്വശക്തിത്വവും സർവവിത്വം എന്ന് തോന്നിയിട്ട് ഇപ്പൊ ജീവന്റെ സൃഷ്ടിയെന്ന് പറയുന്നിടത്തും താല്പര്യ ഇത് ഞാൻ അവിടെ ആരാണ് ജീവൻ എന്ന് പറയുന്നത് ഈ അനുപ്രവേശം ചെയ്ത ഈശ്വരൻ തന്നെ അനുപ്രവേശം ചെയ്ത ഈശ്വരൻ സദാ സർവജ്ഞനും സർവേശ്വരനും അന്തര്യാമിയുമായിരിക്കുന്നു അപ്പോൾ അന്തര്യാമിയുടെ ഭാവത്തിലിരുന്നു കൊണ്ട് അവൻ ഇതെല്ലാം സൃഷ്ടിക്കുന്നു ബദ്ധനായ ജീവന്റെ ഭാവത്തിലല്ല ബദ്ധനായ ജീവന്റെ ഭാവത്തിലിരുന്നു കൊണ്ടവൻ ഈ സൃഷ്ടി അനുഭവിക്കുന്നു അപ്പോ ജീവന്റെ കൽപ്പന എന്ന് പറയുമ്പോൾ അതിന്റെ താൽപ്പര്യം എന്താണ് സർവീശ്വരനായിരിക്കുന്ന തുരിയന്റെ ചിത്തസ്പന്ദനം അതാണ് അവിടെയും ഉദ്ദേശിക്കുന്നത് അതിനാണ് സ്വപ്നനിഷ്ഠാന്തം പറയുന്നത് അല്ലാതെ അജ്ഞന്റെ കൽപ്പന എന്നുള്ള രീതിയിലല്ല അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത് എന്താണ് യേശു സർവജ്ഞ യേശു സർവേശ്വര അത് സർവജ്ഞ സർവശക്തി സർവവിദ്യ അങ്ങനെയുള്ളവൻ സൃഷ്ടിച്ച് സൃഷ്ടിയിലേക്ക് അനുപ്രവേശം ചെയ്തു ചർച്ച ചെയ്തെന്താണോ അനുപ്രവേശം ഇനിയും അത് എന്താ അനുപ്രവേശം അത്യന്തികമായതിന്റെ താല്പര്യം എന്താണോ ഇവിടെ ചോദിക്കും ഒരു പുറുമ്പ് അതിന്റെ ദ്വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണോ അനുപ്രവേശം യുവ സൃഷ്ടിരും പ്രാപത്യ അങ്ങനെയാണോ അത് ചർച്ചയുടെ ഉടനില് പറയുന്നതാണോ അനുപ്രവേശം ആ സൃഷ്ടിയോടുള്ള താതാത്മ്യം തന്നെ സൃഷ്ടി തന്നെ നിന്നും വേറെയാണ് കേവലം തന്റെ മായാസൃഷ്ടമാണ് അത് അസാരമാണ് സാരമുള്ളതെന്നല്ല എന്നിട്ടും എന്ത് ചെയ്തു സൃഷ്ടി കർത്താവ് അതിനോട് അങ്ങ് താതാത്മ്യപ്പെട്ടു അതാണ് അതിന് പ്രവേശം ഇവിടെ പറഞ്ഞു എന്താണോ പ്രാണാധിമത് ശരീരമാണ് അതിൽ പ്രവേശിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ പ്രാണാധിമത് ശരീരമാണോ ഈ സൃഷ്ടി കാണുന്നത് ഇതിലാണ് താതാത്മ്യം സംഭവിച്ചിരിക്കുന്നത് അതാണ് അഹം മമ എന്നുള്ള അനുഭവം അപ്പോ സർവജ്ഞനായ ഈശ്വരന്റെ സൃഷ്ടിയിലുള്ള സൃഷ്ടിയോടുള്ള താതാമ്യം അതാണ് അഹന്ത മമത എന്ന രീതിയിൽ നമ്മളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെ സൃഷ്ടികർത്താവായ ഒരാളല്ലേ ഉള്ളു അഹന്തയും മമതയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അത് സർവജ്ഞനായ സർവശക്തനായ സർവയുക്തായ ഈശ്വരൻ തന്നെ അത് പ്രവേശിച്ചതുകൊണ്ട് തന്റെ സ്വരൂപ വിസ്മൃതി സംഭവിച്ചു പക്ഷെ ആ പ്രവേശം കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു സ്വരൂപസ്മൃതിയും ഉണ്ടാക്കുന്നു അതാണ് സ്വത്നബോധാർത്ഥം ആത്മബോധത്തിന് വേണ്ടി ഈ സൃഷ്ടി സർവാണിജ പ്രാണാതിമത് ശരീരാണി പ്രാണാദിശരീരങ്ങളെല്ലാം സൃഷ്ടിച്ച് സ്വയം പ്രവിവേശ അതിലേക്ക് പ്രവേശിച്ചു പ്രവേശിച്ച സ്വം ആത്മാനം യഥാഭൂതം ഇതം ബ്രഹ്മ അസ്മീതി സാക്ഷാത് പ്രത്യബുദ്ധിത അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞപ്പോ സ്വം ആത്മാനം സ്വസ്വരൂപത്തെ എന്താണ് ആ സ്വസ്വരൂപം സർവജ്ഞനും സർവ്വവിത്തും സർവശക്തിയുമായിരിക്കുന്ന സ്വരൂപം ആ സ്വരൂപത്തെ യഥാഭൂതം ഇതം പരമാർത്ഥമായി ബോധിച്ചെന്താണ് ബ്രഹ്മാസ്മി ഞാൻ തന്നെയാണ് ആ സൃഷ്ടികർത്താവ് പരമാത്മതത്വം എന്ന് സാക്ഷാത് പ്രത്യബുദ്ധ്യത സാക്ഷാത് ആയിട്ട് ബോധിച്ചു ആത്മബോധത്തെക്കുറിച്ചൂടെ പറയുന്നു അപ്പൊ സൃഷ്ടി ഈശ്വരന്റെ സൃഷ്ടി ആത്മബോധത്തിന് വേണ്ടിയാണ് ശ്രുതി അതുകൊണ്ട് സൃഷ്ടിയെ വർണ്ണിക്കുന്നത് ആത്മാവിനെ ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അല്ല സൃഷ്ടിയുടെ വൈചിത്യത്തെ വിവരപ്പിക്കുന്നതിന് വേണ്ടിയല്ല എന്നുള്ള കാര്യം ഇവിടെ ഒരു വാചകത്തിൽ മനുഷ്യകാരൻ പറഞ്ഞിരിക്കുന്നു സാധാരണ ചോദിക്കുന്ന ചോദ്യത്തിനൂടെ സമാനം പറഞ്ഞിരിക്കുന്നു എന്താണോ നിർഗുണനും നിരാകാരനും ആയിരിക്കുന്ന പരബ്രഹ്മം അതിൽ നിന്നെങ്ങനെ സൃഷ്ടിയുണ്ടായി എന്തിനു വേണ്ടി സൃഷ്ടിക്കുന്നു ആത്മാവിനെ നിത്യമുക്തനാണെന്ന് ബോധിപ്പിക്കുകയും ആത്മമോചനത്തിന് വേണ്ടി പരിശ്രമിക്കണമെന്ന് പറയുകയും ചെയ്യുക ഇതിന് വരുന്ന വൈരുദ്ധ്യം അതിന്റെ പരിഹാരം ഇവിടെ പറഞ്ഞിരിക്കുക യുദ്ധമുക്തനാണെങ്കിൽ എന്തിനും മോചനം ആർക്കാണ് മോക്ഷം ആത്മാവിനാണോ ജീവനാണോ ആർക്കാണ് സംസാരം ജീവനാണോ ആത്മാവനാണോ ഇതിനെല്ലാം അവിടെ സമാധാനം പറഞ്ഞിരിക്കുകയാണ് എന്നാലും അവിടെ ഒരു വൈഷമ്യം തോന്നുന്നു അസംസാരിയായിരിക്കുന്ന ഈശ്വരൻ സംസാരിയായി വിസ്മൃതമായ ബോധത്തിനു വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുമ്പോൾ അതെങ്ങനെ പൊരുത്തപ്പെടും അസംസാരിയും സംസാരവും തമ്മിലങ്ങനെ പൊരുത്തപ്പെടുന്നു അതിനടുത്ത് പാഷികളും പറയും അത് ഇന്ദ്രജാലം പോലെ പൊരുത്തപ്പെടുത്തണം ഇന്ദ്രജാലം അവതരിപ്പിക്കുന്നവൻ ഇന്ദ്രജാലത്തിൽ നിന്നും മുക്തനാണ് പക്ഷെ ഇന്ദ്രജാലം കാഴ്ചക്കാരെ നാം മോഹിപ്പിക്കുന്നു ഒരാളൊഴികെ ഇന്ദ്രജാലക്കാരൻ സദാ ഇന്ദ്രജാലത്തു നിന്നും മുക്തനായിരിക്കുന്നത് പോലെ ഇവിടെ ഈശ്വരനും സദാമുക്തം തന്നെ നിത്യമുക്തം തന്നെയാണ് പക്ഷെ ആ ഇന്ദ്രജാലത്തിൽ മോഹിതരായ നിരവധി പേരുണ്ടല്ലോ അവിടുത്തെ കാഴ്ചക്കാർ അതുപോലെ ഈ ജീവന്മാരും ആ മായാശക്തിയിൽ മോഹിതരായിരിക്കുന്നു അതിൽ നിന്ന് ഉണർത്തുക അതിനു വേണ്ടിയിട്ടാണ് ഈ സൃഷ്ടി സൃഷ്ടിയോടുള്ള താതാത്മ്യം ശ്രുതിയിലുള്ള ഈ ചർച്ച എല്ലാം അതിന് ൻ തന്നെ സർവശരീരങ്ങളോടും താതാന്യപ്പെട്ടിരിക്കുന്നത് കൊണ്ട് തസ്മസ ഏവ സർവശരീരേഷു ഏക ഏവ ആത്മാ അതുകൊണ്ട് അവരേവരെ ഈശ്വരൻ സർവജ്ഞൻ തന്നെ താതമ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തസ്മസ ഏവ ആ ഈശ്വരൻ തന്നെ സർവശരീരേഷു ഏക സർവശരീരങ്ങളിലും ഏകനായിരിക്കുന്നവൻ അവന് താതാത്മ്യപ്പെട്ടു എന്നുള്ളത് കൊണ്ട് അവൻ രണ്ടായില്ല എന്നിലും നിന്നിലും താതാത്മ്യഭാവത്തിലിരിക്കുന്നത് കൊണ്ട് ഞാനും നീ ഒന്ന് രണ്ട് അവസ്ഥ ഒന്നില്ല ഈശ്വര മറിച്ച് ഏക ഏവ അതിന് ഏകം തന്നെയാണ് ഈ താതാത്മ്യത്തിലിരിക്കുമ്പോഴും ഏകം തന്നെ ആത്മ അവൻ തന്നെയാണ് സ്വരൂപമായിരിക്കുന്നത് ശ്രോതാവിന്റെ സ്വരൂപമായിരിക്കുന്നത് നാന്യ അവിടെ രണ്ടാമത് ഒരുവൻ ഇല്ല ദൃശ്യങ്ങളിൽ നാനാർത്വം തോന്നുന്നുണ്ടെങ്കിലും ദൃഷ്ടാവ് ഏകം തന്നെ സർവശരീരങ്ങളിലും ഏകം തന്നെ ഇതി ഇതാണ് അതിന്റെ താല്പര്യം ഇതിവിടെ പറഞ്ഞ കാര്യം പറയുന്നു ഈ അധ്യായത്തിൽ ഇത് എന്ന മറ്റു പനിഷത്തുകളിലും പറഞ്ഞിരിക്കുന്നു അന്യോഹി മറ്റു വേദഭാഗങ്ങളിൽ ഇതേ കാര്യം തന്നെ പറയുന്ന എന്താണ് സമ ആത്മ ബ്രഹ്മാസ്മിത്യവും വിദ്യ ആത്മാ സമ സർവശരീരസ്ഥിതനായിരിക്കുന്നു പറഞ്ഞിട്ടുള്ള നേരത്തെ സർവശരീരഷ് ഏക സർവശരീരങ്ങളിലും ഏകനായിരിക്കുന്നു അതാണിവിടെ സമ ആത്മാ വമായിരിക്കുന്നു ഏകരൂപത്തിലിരിക്കുന്നു സർവഭൂതാത്മഭൂതാത്മ വിധി പറഞ്ഞു സർവഭൂത ആത്മഭൂതാത്മ അങ്ങനെ ഇരിക്കുന്നു സർവാത്മഭാവത്തിലിരിക്കുന്നു അങ്ങനെ ഇരിക്കുന്ന ആത്മാവിന് ബ്രഹ്മാസ്മിത്യവും വിദ്യ അതിനെയാണ് താനായി അറിയേണ്ടത് സർവാത്മഭാവത്തിരിക്കുന്ന തന്നെ അറിയണം ആത്മാവായുധം ഏകൈവ അഗ്രാസി വേറെ സ്ഥലത്ത് പറയുന്നു പറഞ്ഞു ആദ്യം പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞു സംഹിതോപനിഷത്ത് അവിടെ പറഞ്ഞു ശാന്തഗ്യത്തി പറഞ്ഞു ആത്മാവായു മറ്റു സ്ഥലങ്ങളിൽ ഇത് പറയുന്ന ഒന്നാണ് ഒരു വൻഷത്തിൽ മാത്രം യാദൃശ്യമായി പറഞ്ഞു പോയതല്ല എല്ലായിടത്തും ഈ കാര്യം തന്നെ പറയുന്നെന്താണോ ബ്രഹ്മത്തം ഇവിടെ പറഞ്ഞു പറഞ്ഞു എല്ലായിടത്തും പറയുന്നതിന്റെ താല്പര്യം ഒന്നു തന്നെ ഇത് സർവാത്മഭാവത്തിലിരുന്നു ഇതിച്ച ഉത്തം ഇത് സർവാത്മഭാവത്തിലിരിക്കുന്നു സർവസ്വരൂപമായിരിക്കുന്നു മാത്രമല്ല അന്യത്ര ഗ ഇനിയും മറ്റ് പല സ്ഥലങ്ങളിൽ ഇത് തന്നെ പറയും സർവഗതസ് കഥും സീമാനം വിതാലി പ്രാപത്യത പിപീലിക ഇവ സുഷിരം ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇതുവരെ പറഞ്ഞനുസരിച്ച് ഈശ്വരൻ ഇതിനെ സൃഷ്ടിച്ചു ജോലത്തിനെ സൃഷ്ടിച്ചു സൃഷ്ടിക്കുന്നതിന് ഉപാദാനമായി മറ്റൊന്നിനെ സ്വീകരിച്ചില്ല താനല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ഈശ്വരൻ മായയെ സ്വീകരിച്ചില്ല മായ ഈശ്വരൻ നിന്നും വേറിട്ടല്ല വേറിട്ടൊന്നിനെ സ്വീകരിച്ചില്ല മായ എന്ന് പറയുന്നതും ഈശ്വരന്റെ ശക്തി വിശേഷം തന്നെ വേറിട്ടല്ല മായാവിയും മായയും രണ്ടല്ല ഇന്ദ്രജാലം കാണുന്നവനും ഇത് മായാവും ഇത് മായ തിരിച്ചറിയാൻ കഴിയുന്നില്ല അവന് ഇന്ദ്രജാലത്തെ കാണാൻ കഴിയുന്നുള്ളൂ ദൃശ്യങ്ങളെ കാണാൻ കഴിയുന്നുള്ളൂ ശക്തിയും ശക്തനും അത് വേറെ വേറെയാണ് അദ്വൈതത്തിൽ ശക്തനിന്നും വേറിട്ട് ശക്തി ശക്തൻ തന്നെ ശക്തിമാനായിരിക്കും ശക്തിയുള്ളവൻ അന്ന് സർവഗതസ് സർവാത്മന സർവഗതനായിരിക്കുന്നു സർവാത്മാവായിരിക്കുന്നു അങ്ങനെയുള്ള ഈശ്വരൻ ബാലാഗ്ര മാത്രമപ്പി അപ്രവിഷ്ടം നാസ്തി അങ്ങനെയുള്ള ഈശ്വരൻ ഒരു മുടിനാരിഴയ്ക്ക് പോലും കടന്നു കയറാത്ത ഇടമില്ല സർവവ്യാപിയായിരിക്കും താണ്ടനയിലേ സൃഷ്ടിച്ചിരിക്കുന്നു രണ്ടാമതൊന്നും ഇല്ലായിരുന്നല്ലോ ദേശകാലങ്ങൾ പോലും ഈശ്വരന്റെ സൃഷ്ടിയാണ് അപ്പോ അത് ഈശ്വരന്റെ സ്വരൂപമാണ് അപ്പൊ ഏത് ദേശത്ത് ഏത് കാലത്തിനൊരു സൃഷ്ടി പോയിരിക്കും ഈശ്വരനെ വിട്ടിട്ട് അതാണ് പറയുന്നത് ബാലാഗ്രഹ മാത്രമവി ബാലാഗ്ര മാത്രമി അപ്രവിഷ്ടം അത് അങ്ങനെ ഒരു സ്ഥലമില്ല ഈശ്വരൻ പ്രവേശിക്കാത്ത സ്ഥലം എന്നിട്ടിവിടെ പറയുന്ന എന്താണ് സീമാനം പിതാരി പ്രാബദ്ധ്യത സീമ മൂർദ്ധാവിനെ പളർന്നുള്ളിലേക്ക് കയറിയെന്ന് പറയുന്നു എന്താ കയറുന്നു അവിടെ ഈശ്വരൻ ഉണ്ടായിരുന്നില്ലെന്നാ ചോദിക്കുന്നു പി എലി കായി ഉറുമ്പ് മാളത്തി കയറുന്നു കാരണം നേരത്തെ അവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെ കയറി ആ ദ്വാരത്തിൽ അത് കയറാതിരുന്നിട്ട് അത് കയറി അത് സംഭവിക്കുക പക്ഷേ ഈശ്വരൻ ഇല്ലാതിരുന്ന ഒരു സ്ഥലമില്ലാതിരുന്നു പ്രവേശിക്കാൻ അതെങ്ങനെ സംഭവിക്കും ഒരു ചോദ്യം അതിന് ചോദിക്കേണ്ട ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെന്ന് പ്രഥമഖണ്ഡത്തിൽ പ്രഥമാധ്യായത്തിൽ നിന്നും ഒരു ചോദ്യം പ്രവേശം എങ്ങനെ സാധ്യമാകും രണ്ടുണ്ടെങ്കിലേ സാധ്യമാകും എനിക്ക് വീട്ടിൽ പ്രവേശിക്കണമെങ്കിൽ വീട് വേറെ ആയിരിക്കും ഞാൻ വരായി ഇന്നുമ്പ് ചർച്ച ചെയ്തതാണ് കുറച്ച് സ്വഭാവം സർവകഥനായിരിക്കുന്ന ഈശ്വരൻ എങ്ങനെ പ്രവേശിക്കാൻ കഴിയും പുറുമ്പ് സുഷിത്തി പ്രവേശിക്കുന്ന പോലെയാണ് വേറെയും വരേണ്ട എന്താണ് ഹൃദയം ഹൃദയത്തിന്റെ ഉള്ളിലാണ് ഈശ്വരൻ പ്രവേശിച്ചിരിക്കുന്നതെന്നൊക്കെ പറയും അവിടെ എല്ലാം ഈ ചോദ്യം വരും അതങ്ങനെ സാധ്യമാകും സർവകലസ് സർവാത്മനോ ബാലാഗ്രോ മാത്രമോ അപ്രവിഷ്ട സ്ഥിതി കഥം സീമാനം വിതാരി പ്രാപത്യത വിഭീതികൻ ഇത്രയും പൂർവക്ഷം ഇവിടെ ആ സമാധാനം ഭാഷകാരം പറയുന്നത് വളരെ വിചിത്രമായ രീതിയിലാണ് ശരി നിങ്ങളുടെ ചോദ്യം ശരിയാണ് ഞാൻ മനസ്സിലാക്കി പക്ഷേ ഞാനു അത്യല്പം ഇതും നിങ്ങളുടെ ചോദ്യം വളരെ നിസ്സാരമാണല്ലോ ചോദ്യകർത്താവിനൊന്ന് പരിഹസിക്കുകയാണ് നിങ്ങൾ ഇത്രയും ബുദ്ധിമാനായിരുന്നിട്ട് ഇത്രയും നിസ്സാരമായൊരു ചോദ്യമാണ് ചോദിച്ചത് ഇതുവരെയുള്ള ശ്രുതിയുടെ താല്പര്യം നിങ്ങളും മനസ്സിലാക്കിയല്ലോ വിശദമായിട്ടുള്ള സൃഷ്ടിയെക്കുറിച്ച് പറയുന്നു പ്രാണികർഭന സൃഷ്ടിച്ചു പ്രജാപതിയെ സൃഷ്ടിച്ചു ലോകപാലന്മാരെ സൃഷ്ടിച്ചു പഞ്ചഭൂതങ്ങളെ സൃഷ്ടിച്ചു പ്രാണികളെ സൃഷ്ടിച്ചു വിശബുന്ദാഹുണ്ടാക്കി പല ശരീരങ്ങളെ സൃഷ്ടിച്ചു എന്നെല്ലാം പറയും അവിടെ ഓരോ സ്ഥലത്തും ചോദ്യം ചോദിക്കാനുണ്ട് എന്നാണ് അത്യല്പം ഇതം ചോദ്യം ചോദ്യം വളരെ കുറവാണ് നിസ്സാരമാണ് ബഹുച്ച അത്ര ചോദ്യം ഇവിടെ ചോദിക്കാൻ ധാരാളമുണ്ട് ചോദ്യം പൂർവപക്ഷി ചോദിക്കാത്ത ചോദ്യങ്ങൾ ഭാഷകാരസ്വയും ചോദിക്കും നിങ്ങൾ അത്ര ബുദ്ധിമാനാണെങ്കിൽ എന്തുകൊണ്ട് ഈ ചോദ്യങ്ങൾ ചോദിച്ചില്ല എന്നാണ് എന്തൊക്കെയാണ് ചോദ്യങ്ങൾ അകരണഹസൻ ഈക്ഷിത അനുപാതായ കിഞ്ചിത് തോകാൻ അസ്രജത അഭ്യയപുരുഷ സമൃത്യ അമൂർച്ചിധ്യമുഖാതിനിർഭി മുഖാദിഭ്യാദയോ ലോകപല അശനയാസാദി സംയോജനം താദനപ്രാർത്ഥന തദർം ഗവാദി പ്രദർശനം തേഷാം യഥായത പ്രവേശനം സൃഷ്ടസ് അന്നസ്യ പലായനം അന്നത്തെ സ്ടിച്ചപ്പോയെന്ന് മറ്റൊന്ന് പറഞ്ഞു അത് പറയണം വാഗാദ്ഭി തദ് വാക്കും മറ്റും അതിനെ ആഹരിക്കാൻ ശ്രമിച്ചെന്ന് പറഞ്ഞു ഏത് സർവം സീമാവിധാരണ പ്രവേശ സമ നിങ്ങൾ നേരത്തെ ചോദിച്ച ചോദ്യമായി ഏത് ചോദ്യം ചോദിക്കാം ഇവിടെ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലൊന്നും യാതൊരു യുക്തിയും ഇല്ലെന്നാണ് പറയുന്നു പക്ഷേ അതൊക്കെ വ്യാഖ്യാനിച്ചിട്ട് പറയുകയാണ് അക്ഷരം പ്രതി വ്യാഖ്യാനിച്ചു എന്നിട്ട് പറയുന്നു നിങ്ങളോട് ഒരേ ഒരു ചോദ്യമാണ് നിങ്ങൾ കണ്ടുപിടിച്ചത് പക്ഷേ പല ചോദ്യങ്ങൾ നൂറുകണക്കിന് ചോദ്യങ്ങൾ ഇവിടെയുണ്ട് ഏത് സർവ്വം ഈ ചോദ്യങ്ങളെല്ലാം സീമാവിതാരണ പ്രവേശിച്ച് സീമാ വിതാരണം അതിൽ ചോദിച്ചതുപോലെ ഈ ചോദ്യങ്ങൾ ചോദിക്കാം അതിൽ വ്യക്തിഭംഗമുണ്ടെങ്കിൽ ഓരോ ചോദ്യത്തിനും വ്യക്തിഭംഗം അതുകൊണ്ട് വേദത്തിൻ്റെ വിവക്ഷിതമായ അർത്ഥം അതെന്താണ് നിങ്ങൾ എന്തിനെ കുറിച്ചാണ് കൂടെ ചർച്ച ചെയ്യുന്നത് അത് പ്രതീയമാനമായ അർത്ഥമാണോ അതിലേതാണ് അസംഗതമായിരിക്കുന്നത് യുക്തിക്ക് നിറകാത്ത എന്താണ് വേദത്തിന്റെ പ്രതീയമാനമായ അർത്ഥമാണോ അതോ വിവക്ഷിതമായ അർത്ഥമാണോ അതാണ് ചോദ്യം അകർണസനീക്ഷിത നമ്മൾ സങ്കല്പിച്ചു പക്ഷേ സങ്കല്പിക്കാൻ കാരണമെന്നില്ല മനസ്സില്ലാതെ എങ്ങനെ സങ്കല്പിക്കും ഈശ്വരൻ ഏകനായിരിക്കും ഈശ്വരൻ എങ്ങനെ മനസ്സുണ്ടാവും അത് ചോദ്യമാണ് ചോദിക്കാമല്ലോ ഈശ്വരനെ സങ്കല്പിച്ചു നമ്മൾ സാധാരണ പറയാ ദൈവം സങ്കല്പിച്ചു ആരായി ദൈവവും സർവജ്ഞ സർവശക്തി ആ ദൈവത്തിനങ്ങനെ സങ്കല്പിക്കാൻ പറ്റും കാരണം സങ്കല്പിക്കണമെങ്കിൽ മനസ്സോ മനസ്സൊന്നൂരി പരിച്ഛിന്നമായ അതിലല്ലോ ഈ സർവജ്ഞത്വവും സർവശക്തിത്വം അത് സാധ്യമല്ല അനുപാതായ ചിഞ്ചിത്തു പോകാൻ അസ്രത മറ്റൊന്നിനെയും സ്വീകരിക്കാതെ സൃഷ്ടിച്ചു എന്ന് പറയുന്നുണ്ട് മറ്റെന്തിനെയെങ്കിലും സ്വീകരിച്ചിട്ടാണ് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ വളരെ ബാലിസ്യമാണ് ചില പുരാണങ്ങളിലൊക്കെ പറയു ആദ്യം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു മനുഷ്യന്റെ ആണിനെ സൃഷ്ടിച്ചു ആണിന്റെ എല്ലടത്ത് കെണ്ണിനെ സൃഷ്ടിച്ചു വെറും ബാലിസ്യമായ തമാശയുണ്ട് ആദ്യം ഭൂമിയെ സൃഷ്ടിച്ചു ചന്ദ്രനെ സൃഷ്ടിച്ചു പിന്നെ പകലിനെ സൃഷ്ടിച്ചു പിന്നെ രാത്രി ആദ്യം പകലിനെ സൃഷ്ടിച്ചു രാത്രി സൃഷ്ടിച്ചു പിന്നെ ഭൂമിയെ സൃഷ്ടിച്ചു പിന്നെ ചന്ദ്രനെ സൃഷ്ടിച്ചു കുട്ടികൾ പോലും ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ് അതുപോലെയുള്ള ചില കാര്യങ്ങൾ ഇവിടെയും പറയുന്നു ഭക്ഷിക്കാരൻ തന്നെ പറയുന്നു അകർണസൻ ദീക്ഷിത സങ്കൽപ്പിച്ചു മനസ്സില്ലായിരുന്നു അല്ലേ നിർഗുണനായ ഈശ്വരൻ എങ്ങനെ മനസ്സു വരും ഈശ്വരന്റെ സ്വരൂപാതാണല്ലോ പിന്നെ എങ്ങനെ സങ്കല്പിച്ചു അനുപാതായ ഉപാദാനമില്ലാതെ ഇതൊക്കെ സൃഷ്ടിച്ചു ഉപാധാനം എന്ന് മണ്ണുണ്ടെങ്കിലേ കുടം ഉണ്ടാക്കാൻ പറ്റും ഇവിടെ എന്താണോ ഈശ്വരനെ സൃഷ്ടിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല താനല്ലാതെ മറ്റൊന്നുമില്ല ഇല്ല ഇതൊക്കെ ഇങ്ങനെ സൃഷ്ടിച്ചു അധ്യ പുരുഷൻ സമുദ്രത്തി അമൂർച്ചയിൽ ജലത്തിൽ നിന്ന് പുരുഷനെ ഉണ്ടാക്കി ഈ രൂപത്തേക്ക് ഉണ്ടാക്കി തസ്യ അഭിധ്യാന മുഖാൻ അങ്ങനെ സങ്കല്പിച്ചുടനെ ഇവിടെ മുഖം വന്നു കണ്ണു വന്നു വായുവന്നു മൂക്ക് വന്നു മുഖാധിപ്യ അഗ്നി ലോക ആ പുരുഷന്റെ മുഖത്ത് നിന്ന് അഗ്നി പറഞ്ഞ കാര്യങ്ങൾ പറയണ അഗ്നിയാദി ലോകങ്ങളുണ്ടാകും ലോകപാലാഹ തേശാം അശനായ ഹിപാസ ഉണ്ടായ അവർക്ക് പിന്നെന്താണ് വിശക്കുന്താവുമൊക്കെ അവർക്കുണ്ടാക്കി ഒരു കഥ പോലെ ഇതാര കണ്ടത് തതായതിന പ്രാർത്ഥന ഉടനെ വിശക്കുന്താവും പറഞ്ഞാക്കിയിരിക്കാൻ ഇടം വേണം തദർത്ഥം ഗവാദി പ്രദർശനം ഉടനെ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ പറയുന്നത് ഗവാദികളെ കാണിച്ചു തേശാം യഥ ആയുധനെ പ്രവേശിച്ചുടനെ ആ വാതിലേക്ക് പ്രവേശിച്ചു സൃഷ്ടസ് അന്നസ്യ പലായനം അന്നത്തെ സൃഷ്ടിച്ചുടനെ അത് ഭയന്ന് ഓടിപ്പോയി മറ്റുള്ളവർ ഭക്ഷിക്കാൻ വന്നപ്പോ വാഗാദ്വിത്ത ജിഘൃക്ഷ ഉടനെ വാഗ് കൈ കാല് മൂക്ക് ചെവി ഇതെല്ലാം അന്നത്തെ ഭക്ഷിക്കാൻ ശ്രമിച്ചു നടന്നില്ല അവസാനം വായിക്കേ കഴിഞ്ഞു മറ്റൊന്നിനും കഴിഞ്ഞില്ല ഏത് സർവം ഇങ്ങനെ ഇവിടെ പറഞ്ഞ ഈ പൊട്ടത്തരങ്ങളെല്ലാം സീമാതി വിധാരണ പ്രവേശ സമമേവാ നേരത്തെ പറഞ്ഞുകൊണ്ട് എന്താണോ സീമൂർധാവിനെ പിളർന്ന് അതിൻ്റെ ഉള്ളിലേക്ക് കയറിയെന്ന് പറയുന്നത് പോലെയുള്ള അസംബന്ധമാണ് യുക്തിയുക്തമല്ല അസുഖത്തിൽ അതുകൊണ്ട് നിങ്ങൾ വളരെ ബുദ്ധിമാനായ നിങ്ങൾ വളരെ ചിന്തിച്ച് ഒരു ചോദ്യം ചോദിച്ചു എന്താണോ സൃഷ്ടി ഭർത്താവ് ഉറുമ്പ് മാളത്തിൽ പ്രവേശിച്ചതുപോലെ സീമാവിനെ പിളർന്നു ജീവനായി ഉള്ളിലേക്ക് കടന്നു എന്ന് പറയുന്നതിന് എന്ത് യുക്തിയാവുക അതെങ്ങനെ സംഭവിക്കും അങ്ങനെ ശ്രുതിയുടെ ഭാഷയിൽ പറഞ്ഞിരിക്കുകയാണ് സീമാനം വിതാര്യ പ്രാബന്ധത ഇതെല്ലാം ഇങ്ങനെ തന്നെ മനസ്സിലാക്കിയിട്ടല്ലേ ഓരോരുത്തർ ചോദിക്കുന്നു ചോദ്യം ചെയ്യുന്നു വേദത്തെ ശ്രുതിയെ ചോദ്യം ചെയ്യുന്നു എങ്ങനെ ശരിയാവും ശാസ്ത്രമൊക്കെ എത്രയോ വളർന്നു കഴിയും ജീവനെ കുറിച്ചൊക്കെ എന്തെല്ലാം മനസ്സിലാക്കിയിരിക്കും ഇത് നിങ്ങൾ വേദത്തെ വ്യാഖ്യാനിക്കുന്ന എന്താണോ അങ്ങനെ സൃഷ്ടികർത്താവ് മൂർധാവിനെ പുലർന്നിട്ട് ഉള്ളിലേക്ക് കിടക്കുന്ന അതാണ് മൂർധാവിനെ പുലർന്നാണോ ശരീരത്തിൽ ജീവൻ അതുവഴി പിന്നെ ഇറങ്ങിപ്പോകുന്നു ഇതിനൊക്കെ എന്താ ശാസ്ത്രസമ്മതിന് ചോദിക്കാറുണ്ടല്ലോ ഇതൊക്കെ സയൻസിന് നിരക്കുന്നതല്ല കുറവക്ഷീതി തന്നെ പറയുന്നു ഇതൊക്കെ എങ്ങനെ സംഭവിക്കും ഇതന്നത്തെ സയൻസിന് നിരക്കുന്ന കാര്യം തലച്ചോറ് പൊളർന്ന് ഉള്ളിലേക്ക് കിടന്നു എന്ന് പറയുന്നു ഇനി തലച്ചോറ് പൊളർന്ന് തലയോട്ടി പൊളർന്ന് അതുവഴി പുറത്തു പോകുന്നുവെന്ന് പറഞ്ഞു പറയുന്നു അത്യല്പം ഇതും ചോദ്യം അങ്ങനെ നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഇതൊരു നിസാര ചോദ്യമേ ഉള്ളൂ ബഹുചാത്ര ചോദ്യം വളരെ വളരെ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് അതാണ് ഇത്രയും ചോദ്യങ്ങൾ ഇനിയും ചോദിക്കാനുണ്ട് അങ്ങനെ ചോദിച്ചാൽ വേദം മുഴുവൻ അസംബന്ധമാകുന്നു പറയേണ്ടി അതുകൊണ്ട് പൂർവക്ഷി പറയുന്നു അസ്തുതർഹി അങ്ങനെ നിങ്ങൾ സമ്മതിക്കുകയാണ് ഇതിലൊരുപാട് യുക്തിഭംഗങ്ങളുണ്ട് ചോദിച്ച ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുണ്ട് എന്ന് നിങ്ങളും പറയുകയാണെങ്കിൽ സിദ്ധാന്തിയും പറയുകയാണെങ്കിൽ പറയുന്നു നമുക്ക് രണ്ടുപേർക്കും കൂടി ചേർന്ന് ഒരു തീരുമാനത്തിലെത്താം കുറവക്ഷി പറയുക ഇതാണ് സർവം ഏവയിതം അനുപന്ന ഈ വേദം എന്ന് അസംബന്ധമാണോ അയുക്തമാണോ ഇത്രയുള്ള പൊട്ട കഥകളാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ ബുദ്ധിമാന്മാർ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ബുദ്ധിമാന്മാരെന്താണ് ചെയ്യുന്നത് ഇതിനൊക്കെ എന്താ സയൻസുള്ളതെന്ന് കണ്ടുപിടിക്കാമോ ഇതെന്താ ഭൗതിക ശാസ്ത്രം അതെന്തോ പറയുകയാണ് അത് നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം പിന്നെ ഇതിനെ ആശ്രയിച്ചുള്ള മറ്റാരുടെയെങ്കിലും കണ്ടുപിടിച്ച ശാസ്ത്രവും ഇതിനോട് ബന്ധപ്പെടുത്തിയുള്ള കൽപ്പനകളാണ് പിന്നെ ഭാവനകൾ ഇതിൻ്റെ താല്പര്യം അതായിരിക്കും ഇതായിരിക്കും ഇതിൽ നിന്നും ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇതിത്രേ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ പിന്നെ ഭാവനാലോകത്തിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ എത്തിച്ചേർന്നിട്ട് പറയും ഇതൊരു ഇന്ന സയൻസാണ് മറ്റേ സയൻസാണ് മറച്ച സയൻസാണ് അതുകൊണ്ട് കുറവക്ഷി പറയുന്നു എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് തീരുമാനിക്കാം കുറവക്ഷി സിദ്ധാന്തിന് എന്താണ് വേദം അസംബന്ധമാണ് ഭക്ഷണം അതിനോട് യോജിക്കുന്നില്ല അത് ശരിയല്ല വേദം അസംബന്ധമല്ല വേദം സത്യമാണോ പക്ഷെ ഇത്തരം കാര്യങ്ങൾ അതിന്റെ താല്പര്യം വേറെ നിങ്ങൾ ചർച്ച ചെയ്യുന്നതെല്ലാം പ്രതീയമാനമായ അർത്ഥത്തെ ആശ്രയിച്ചിട്ടാണ് വിവക്ഷിതമായ അർത്ഥത്തെ ആശ്രയിച്ചിട്ടല്ല ചർച്ച ചെയ്യുന്നത് ഇതിന്റെ വിവക്ഷിതമായ അർത്ഥ പോകണം അപ്പൊ ഇതൊന്നും ഇവിടെ രൂക്ഷിതമേ അല്ല കഥകൾ അത്ര ആത്മാവോധം അർത്ഥം മാത്രൂക്ഷിതത്വം എന്താ ഇവിടെ രൂക്ഷിതം ഇതൊന്നുമല്ലെങ്കിൽ ആത്മാവോധം പ്രപഞ്ചാവബോധമല്ല ഭൂത ഭൗതികങ്ങളുടെ അവബോധമല്ല ഭാഷകാരുടെ വേദത്തിന്റെ താല്പര്യം ആത്മാവബോധം മാത്രമാണ് ആത്മാബോധാർത്ഥം മാത്രസിശിതാണ് സർവോയം അർത്ഥവാദ ഇത് ഇതെല്ലാം വെറും അർത്ഥവാദം കഥകൾ അർത്ഥവാദം എന്ന് വെച്ചാൽ കഴമ്പില്ലാത്ത കഥ സ്വരോധീ യോദീ തദ്രുദ്രസ് രുദ്രത്വം വേദവാക്യമാണ് അർത്ഥവാദം അഗ്നിവൈ ഹിമസി ഭേഷജം വേദവാക്യമാണ് അർത്ഥവാക്യം പ്രജാപതിർ ആത്മനോപാം എന്നുടങ്ങുന്ന വരുന്ന ഭാഗങ്ങൾ ഒരുപാട് ഭാഗങ്ങളുണ്ട് വേദത്തിലർത്ഥവാദം കഥകൾ പോലെ എന്തുകൊണ്ട് അതിനെ അർത്ഥവാദം എന്ന് പറയുന്നത് ആ വേദവാക്യങ്ങളുടെ വാച്യാർത്ഥത്തെ എടുത്തു കഴിഞ്ഞാൽ ഒരു പരസ്പര സംബന്ധം കാണപ്പെടുന്നു അതിന് സാങ്കത്യമില്ല അതുകൊണ്ട് അതിന് അർത്ഥവാദം എന്ന് പറയുന്നു പലതരത്തിലുള്ള അർത്ഥവാദങ്ങളുണ്ട് ഗുണവാദം ഭൂതാർത്ഥവാദം അങ്ങനെ പലതരം അതിന്റെ താല്പര്യം എന്താണ് വിധേയമായതിന്റെ പ്രാശസ്ത്യം അല്ലെങ്കിൽ നിന്ദ പൂർവ്വമീമാംസകർ കുറെ ഏതെങ്കിലും ഒരു കാര്യത്തെ വിധിക്കുമ്പോൾ അതിന്റെ പ്രാശസ്ത്യം അല്ലെങ്കിൽ നിന്ദ അതിന് അർത്ഥവാദം ബഹുഷിരജതം നധേയം മീമാംസകർ കുറയും വെള്ളിദാനം ചെയ്യരുത് അതിന്റെ നിന്ദിക്കുന്നതിന് വേണ്ടി പറഞ്ഞു സ്വരോധിതരോധി ദരിദ്രസിരുദ്രത്വം എന്നും മറ്റും പറയുന്ന ഭാഗങ്ങൾ അത് പൂർവ്വീമാനെ ചർച്ച ചെയ്യുന്ന കാര്യമാണ് പ്രാശസ്ത്യത്തെ പ്രജാപതി തന്റെ കുടല് പറിച്ചെടുത്തു ഹവനം ചെയ്തു എന്നൊക്കെ പറയുന്ന പ്രാശസ്ത്യത്തെ സ്തുതിപരമായിട്ടാണ് മറ്റൊന്ന് നിന്ദാപരമാണെങ്കിൽ ഇത് സ്തുതിപരമായിട്ടാണ് അതുപോലെ ഇതും കേവലം അർത്ഥവാദമാണ് മറ്റേ സ്വാർത്ഥത്തിൽ താൽപ്പര്യമില്ല അതാണ് അർത്ഥവാദത്തിനെ പറയുന്നത് മറ്റെന്തെങ്കിലും താല്പര്യമായിരിക്കും എന്തിനെങ്കിലും സ്തുതിക്കാനോ നിന്ദിക്കാനോ ആയിരിക്കും നീ സൃഷ്ടിയെക്കുറിച്ച് അതിന് ഇത്രയും വർണ്ണിക്കുന്നു മായാവദ് മഹാമായാവിശക്തി ചകാരവബോധന പ്രതിപത്യർം ലോകവത് ആഖ്യായകാതി പ്രപഞ്ച ഇതിര പക്ഷം എന്തായാലും സൃഷ്ടി ഇവിടെ സംഭവിച്ചു ജീവൻ ഇത് അനുഭവിക്കുന്നുണ്ട് തനിക്കെന്തായാലും ഇത് സൃഷ്ടിക്കുന്നതിനുള്ള ശേഷിയും ചിന്തിക്കുമ്പോൾ സൃഷ്ടി പരമാർത്ഥവുമുണ്ട് അതുകൊണ്ട് എന്താണ് മായാവിദ് ഒരു മായാവിയെ പോലെ ഇന്ദ്രചാലക്കാർ പോലെ ഇന്ദ്രജാലത്തെ പോലെ എന്താണ് ഇന്ദ്രജാലക്കാരന് എന്താ കഴിയുന്നത് ഒരു ചെറിയ എന്തെങ്കിലും ഒരു അത്ഭുതം കാണിക്കും വളരെ നിസാരമായി തുച്ഛമായ ഒരു സൃഷ്ടി സാധിക്കും ആകാശത്തു നിന്നു വരുന്നുള്ള ഭസ്മെടുത്ത് കാണിക്കാം ഒരു നഖത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ഭസ്മം അതൊക്കെ ഇന്ദ്രജാലക്കാരൻ കാണിക്കും വേണ്ടി വന്നാൽ ഒരു വളയോ മാലയോ ഒക്കെ എടുത്തു കാണിക്കാൻ പറ്റും പക്ഷേ ഇവിടെ തന്നെ മഹാമായാവി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആൾ ദേവഹ സർവശക്തിഹി ഈ മായാവിയുടെ ചെറിയൊരു വിദ്യ കാണുമ്പോൾ തന്നെ നമ്മൾ അതിശയിച്ചു ഇതെങ്ങനെ സംഭവിക്കും നിസാരമായത് വിദ്യ കാണുമ്പോൾ ജീവൻ അത്ഭുതം കുറഞ്ഞു ഇതെങ്ങനെയാണ് സംഭവിക്കുന്നു ഇതെങ്ങനെ സാധിക്കും എന്തുകൊണ്ട് തനിക്ക് സാധിക്കാത്തതാണ് തനിക്ക് ആകാശത്തു നിന്നും ഭസ്മം എടുത്ത് കാണിക്കാൻ കഴിയുന്നില്ല കാണിക്കുന്നുണ്ടെങ്കിൽ അതൊരു അത്ഭുതം തന്നെ പക്ഷെ ഇവിടെ ആരാണ് മഹാമായാവി ഈശ്വരൻ ദേവൻ സർവശക്തി എല്ലാ ശക്തികളുമുള്ളവൻ സർവമേതച്ചക്കാര ഈ കാണുന്ന സർവത്തെയും താനുൾപ്പെടെയുള്ള ന്യൂനം തന്റെ ശരീരം ഉൾപ്പെടെയുള്ള തൻ്റെ കർണങ്ങളുൾപ്പെടെയുള്ള പറഞ്ഞല്ലോ വിശപ്പും ദാഹുവും പ്രാണനും വായും മുഖും മുഖവുമെല്ലാം ചക്കാര സൃഷ്ടിച്ചു അതെന്തിനു സൃഷ്ടിച്ചു എങ്ങനെ സൃഷ്ടിച്ചു എന്തുകൊണ്ട് സൃഷ്ടിച്ചു എന്നൊക്കെയുള്ള ചോദ്യം യുക്തിയുക്തമായൊരു സമാധാനം പറയാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണോ ആ ചോദ്യത്തിൽ തന്നെ ഒരു യുക്തിഭംഗമുണ്ട് എന്താണ് സൃഷ്ടി അത് വാസ്തവത്തിൽ സംഭവിച്ചു എന്ന് കരുതിയാണ് ചോദ്യം അതുകൊണ്ടാണ് ഈ സൃഷ്ടി എന്ന് പറയുന്ന ഒന്ന് വാസ്തവത്തിൽ സംഭവിച്ചു എന്ന് കരുതുന്നവനെ എന്തിന് എങ്ങനെ എന്തുകൊണ്ടെന്നൊക്കെ ചോദിക്കുന്നു സൃഷ്ടി എന്താണ് മായാവിപത് മായാവി പോലെയാണ് എന്നറിയുന്നവന് ഈ ചോദ്യങ്ങളുമെല്ലാം മായ അവനെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യങ്ങളിലും യുക്തിയില്ല നമ്മൾ പറയുന്നത് എന്താണ് സൃഷ്ടിയെ സംബന്ധിച്ച് യുക്തിയുക്തമായൊരു ചോദ്യത്തിന് സമാനം പറയാൻ കിട്ടത്തില്ലെന്നാണ് സമാനം പറയാൻ കഴിയത്തില്ലെന്നും ഇവിടെ എന്താ പറയുന്നത് സൃഷ്ടിയെ സംബന്ധിച്ച് യുക്തിയുക്തമായൊരു ചോദ്യമേയില്ല സൃഷ്ടി മായാമയമാണെങ്കിൽ സൃഷ്ടിയെ സംബന്ധിച്ചുള്ള എല്ലാ ചോദ്യങ്ങളും മായാമയം തന്നെ കാരണം അത് സൃഷ്ടിയിൽപ്പെട്ടതാണ് മായാവിയുടെ ഇന്ദ്രജാലത്തിൽ എന്താ യുക്തി മായാവി ആകാശത്തിലേക്ക് പോകുന്നു ആകാശത്തിൽ യുദ്ധം നടത്തുന്നു ഭാഷകാരൻ മുമ്പ് വർണ്ണിച്ചു ഇതിനൊക്കെ എന്താ യുക്തി പക്ഷെ അതൊരു സൃഷ്ടി എന്ന് പറയാൻ കഴിയില്ല കാരണം കാഴ്ചക്കാരന് ദൃശ്യമാണ് കാണുന്നുണ്ടല്ലോ അതുപോലെ മായാസമുമായിരിക്കുന്ന ഈ സൃഷ്ടി മായാകാരിയമായിരിക്കുന്ന സ്വയം മായാമയമായിരിക്കുന്ന ഈ സൃഷ്ടി ഒരു മഹാമായാവിയുടെ സൃഷ്ടിയാണ് സർവജ്ഞനും സർവശക്തനുമായ ഇതിനെ സംബന്ധിച്ചെന്താ യുക്തിയുക്തമായ ചോദ്യം ചോദിക്കാവുന്നുള്ളൂ അങ്ങനെ ഒരു ചോദ്യം ഇല്ലാത്തതുകൊണ്ട് അതിന് സമാധാനമുണ്ട് പണ്ട് ഭാഷക്കാരും പറഞ്ഞു മായാമയം അധികമിഞ്ഞതിനെക്കുറിച്ച് വിശദീകരിക്കാൻ സാധ്യമല്ല സർവമേതച്ച അതുമാത്രം ഇതുവരെയുള്ള സൃഷ്ടി ചർച്ചയിൽ നിന്ന് മനസ്സിലാക്കിയാമല്ലോ ഇപ്പോൾ ഇന്ദ്രചാലനക്കാരനെ കണ്ട് നമുക്ക് അത്ഭുതപ്പെടാമെങ്കിൽ വലിയ അത്ഭുതമാണ് ഈ പ്രമചത്ത് കാണുമ്പോൾ ഒരുപാട് തോന്നുന്നത് അതുപോലെ ഇതെന്ത് മായാജാലമാണ് ഇത് ഏതൊരു സൃഷ്ടിച്ചത് അങ്ങനെ ഇതിനെ സംബന്ധിച്ച് പക്ഷേ ഇതിനെ സംബന്ധിച്ചാലും അത്ഭുതം കൂടാറില്ല ഇന്ദ്രജാലക്കാരന്റെ അത്ഭുത സൃഷ്ടിമായ അതിൽ അത്ഭുതം തോന്നാറുണ്ട് ഇതിലാരും അത്ഭുതപ്പെടാറില്ല ആത്യന്തികമായി ഇത് തന്റെ തന്നെ സൃഷ്ടിയാണ് സൃഷ്ടനുപ്രാവശ്യം ഈ അനുപ്രവേശം ചെയ്തിരിക്കുന്നവൻ ആ സൃഷ്ടികർത്താവ് തന്നെയാണ് സൃഷ്ടികർത്താവൻ്റെ സർവജ്ഞനും സർവശക്തനുമായിട്ടുള്ള ഭാവത്തിലല്ല ലാൽപജ്ഞനും അശക്തനും എന്നുള്ള ഭാവത്തിലാണ് സദവ അവൻ തന്നെയാണ് അതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് ഏകത്വത്തെ സമ എന്ന നേരത്തെ പറഞ്ഞ ഏകത്വത്തെ ബോധിപ്പിക്കുകയാണ് ആശ്ചര്യപ്പെടേണ്ട ആരെക്കുറിച്ച് തന്നെ കുറിച്ചാണ് ആശ്ചര്യപ്പെടേണ്ടത് പ്രപഞ്ചത്തെ മഹാമായ കൊണ്ട് സൃഷ്ടിച്ചിട്ട് എങ്ങനെ ഇതിൽ ആയിപ്പോയി എങ്ങനെ അല്പജ്ഞനം അശക്തനുമായി കയറുന്നത് ഇതാണ് അത്ഭുതപ്പെടേണ്ട കാര്യം ആരെങ്കിലും കാണിക്കുന്ന ഇന്ദ്രജാലത്തിൽ അത്ഭുതപ്പെട്ടിട്ട് എന്താ തന്റെ ഇന്ദ്രജാലത്തിനാണ് ആരെങ്കിലും ആകാശത്ത് നിന്നൊരു സാധനത്തെ സൃഷ്ടിച്ചുകൊണ്ട് അത്ഭുതപ്പെട്ടിട്ട് എന്താ കാര്യം അതിനും മായാജാലമാണ് താനും കൂടെ ചെയ്തിരിക്കുന്നത് എന്ത് ചെയ്തു ഈ പ്രപഞ്ചത്തെ ആകവേ സൃഷ്ടിച്ചിട്ട് സ്വയം തൻ്റെ തന്നെ സൃഷ്ടിയായിരിക്കുന്ന തുച്ഛമായിരിക്കുന്നത് താതാത്മ്യപ്പെട്ടു അവിടെ രണ്ടാകുന്നില്ല ഒരേ ഒരാൾ തന്നെ തദേവ അത് വിശദമാക്കാനാണ് ഭാഷകാരനെ ചർച്ച ചെയ്യുന്നതല്ല താൻ തന്നെയാണ് സൃഷ്ടികർത്താവായിരിക്കുന്നത് താൻ തന്നെയാണ് സംസാരിയായിരിക്കുന്നത് രണ്ട് ഭാവത്തിന് ഇതെങ്ങനെ സംഭവിക്കുന്നു ഇതിൻ്റെ ഒരു യുക്തി ഇല്ലല്ലോ മായയ്ക്ക് യുക്തിയില്ലാത്ത യുക്തിരഹിതമായ ഒന്നിന്റെ പേരാണ് മായ അതിൽ പിന്നെ എങ്ങനെ യുക്തിയുണ്ടാവും യുക്തിരാഹിത്യത്തിനുള്ള പേരാണ് മായ എന്ന് പറയുന്നത് അതാണ് ഇന്ദ്രജാലത്തിന് മായ എന്ന് പറയുന്നു അത് യുക്തിയില്ല അങ്ങനെ ഇതെല്ലാം സൃഷ്ടിച്ചു സൃഷ്ടിച്ചവൻ തന്നെ സംസാരിക്കായിരിക്കുന്നു ഈ കാര്യങ്ങളെ ഈ ഇന്ദ്രജാലം അതിന്റെ സൃഷ്ടി ഇവിടെ രണ്ടായിട്ടൊന്നുമില്ല സർവജ്ഞനും സർവശക്തനും തന്നെയാണ് അല്പജ്ഞനും അശക്തനുമായിരിക്കുന്നത് നല്ല രണ്ടായി സൃഷ്ടിച്ചതിന് ശേഷം പിന്നെ രണ്ടാമതൊരാളായില്ല അതേ സർവേശ്വരൻ തന്നെ ആണ് യേശു സർവേശ്വര യേശു ഞാൻ നമ്മുടെ പറഞ്ഞത് അത് സുഖ അവബോധന പ്രതിപക്ഷർത്ഥം അതിനെ സുഖമായി അനായാസമായി ക്ലിഷ്ടത കൂടാതെ ഇത് ബോധിക്കണം ഇതാണ് ഈ ഏകത്വത്തെ ബോധിക്കണം ഈ സർവാത്മഭാവത്തെ ബോധിപ്പിക്കണം അപ്പോൾ ഏതെങ്കിലും കാര്യങ്ങളെ അനായാസമായി എളുപ്പത്തിൽ ഒന്ന് ബോധിപ്പിക്കണമെങ്കിൽ നമ്മൾ ലോകത്തിന് സാധനം ചെയ്യുന്ന കാര്യം എന്താണ് ലോകവത് ആഖ്യായിക കഥയിലൂടെ പറഞ്ഞു ബോധിപ്പിക്കും നല്ലൊരു തത്വത്തെ ബോധിപ്പിക്കണം സത്യം പാലിക്കണം വഞ്ചിക്കരുത് ദയ ധർമ്മം ഇതൊക്കെ പാലിക്കണം ഇത് ധർമ്മം എന്ന് പറഞ്ഞാൽ ചോദിക്കും എന്താ ധർമ്മം എന്താ സത്യം വാക്കിലൂടെ മനസ്സിലാക്കാൻ പറ്റത്തില്ല അങ്ങനെ മനസ്സിലാക്കാൻ കഴിയാതെ വരുമ്പോൾ ആഖ്യായികൾ കഥകൾ പറയും ധർമ്മത്തിന്റെ ഗുണം അധർമ്മത്തിന്റെ ദോഷം കഥകളിലൂടെ അതിനെ ബോധിപ്പിക്കുമ്പോൾ ശ്രോതാവിന്റെ മനസ്സിൽ ധാരണ രൂപപ്പെട്ട ഒരു ഇതാണ് ധർമ്മം ഇന്ന ആചരണമാണ് ധർമ്മം ഇന്ന ഭാവമാണ് ദയാ കാരുണ്യം സ്നേഹം അവിടെയെല്ലാം എന്ത് ചെയ്യുന്നു കഥയെ അവലംബിക്കുന്നു കഥകൾ നേരിട്ട് ബോധിക്കത്തില്ല വാക്കിന് അതിന്റെ ശേഷം ദയാ കാരുണ്യം ധർമ്മം എന്ന് പറഞ്ഞൊന്നും എന്താ ഒന്നും ബോധിക്കത്തില്ല പക്ഷെ കഥകളിലൂടെ പറയുമ്പോൾ അതാണോ ആചരണം ഇന്നതാണെന്നുള്ള അവൻ്റെ മനസ്സിൽ ഉറക്കുന്നു അതുപോലെയാണോ ഉപമകൾ ദൃഷ്ടാന്തങ്ങൾ എല്ലാം തത്വത്തെ അങ്ങനെയാണ് ഗ്രഹിപ്പിക്കുന്നത് ശ്രുതിയും അങ്ങനെയൊരു മാർഗത്തെ അവലംബിച്ചിരിക്കുന്നതാണ് ഞാൻ മുമ്പ് പറഞ്ഞത് എന്താണോ മനസ്സ് ഉറങ്ങിക്കിടക്കുകയാണ് അലസ്വതയിലാണ് നിദ്രയിലാണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മനസ്സൊന്നും ഉണരണ്ടേ അങ്ങനെയുള്ളതിനെ ഉണർത്തണമെങ്കിൽ അതിന് കഥകൾ പറയണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ പറയണം മൂഢമായ മണ മനസ്സൊന്ന് ശ്രദ്ധിക്കുക എന്താ പറഞ്ഞത് ഇങ്ങനെയാണോ സൃഷ്ടി ഇങ്ങനെയൊക്കെ സംഭവിച്ചോ കാരണം അതിൽ ഉള്ള യുക്തിഭംഗങ്ങളെ തന്നെ ചിന്തക്ക് പ്രേരകമാണ് നമുക്ക് തമാശ പോലെ തോന്നും അന്നത്തെ സൃഷ്ടിച്ചു അന്നം ഭയം ഓടിപ്പോയി അന്നത്തെ കാല് കൊണ്ട് ഭക്ഷിക്കാൻ ശ്രമിച്ചു പ്രാണൻ ഭക്ഷിക്കാൻ ശ്രമിച്ചു ഇത്തരത്തിലുള്ള കഥകൾ ഇതെല്ലാം എന്ത് ചെയ്യുന്നു പറയുന്നു ലോക ലോകത്തിൽ കഥകൾ പറയുമ്പോഴല്ല വളരെ ക്ലിഷ്ഠമായ തത്വങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതിന് മനസ്സിനൊന്ന് പാകപ്പെടുത്തുക ഒന്ന് തയ്യാറാക്കുക മനസ്സിനൊന്ന് ഉണർത്തുക അതാണ് വേണ്ടിയിട്ടാണ് അതിൽ നമ്മൾ ഗൗരവമായ തത്വത്തെക്കുറിച്ച് പറയും മനസ്സത് ആവശ്യമുള്ളതല്ല മനസ്സാഗ്രഹിക്കുന്ന നിദ്രയാണ് അതുകൊണ്ടത് ഉറങ്ങിക്കൂ വളരെ വില കുറഞ്ഞൊരു തമാശ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും അസംബന്ധം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനുള്ളൊരു ഭാഹ ഉഗ്രമായിരിക്കും സ്വാമിയുടെ പ്രഭാഷണം കേമം ഇത്തരം സ്വാമിമാരാണ് വേണ്ടത് എന്ന് ചിന്തിച്ചു എന്തുകൊണ്ട് മനസ്സിനെ ഉണർത്താൻ അത് ആവശ്യം അല്ലെങ്കിൽ മനസ്സ് സഹജമായ അതിന്റെ നിദ്രാഭാവത്തിലേക്ക് പോകും അത് തന്നെ ഇവിടെ പറയുന്നതിന്റെ താല്പര്യം സുഖ അവബോധനം പ്രതിപത്യർത്ഥം അനായാസമായി ക്ലിഷ്ടത കൂടാതെ അനായാസം ഞാൻ ക്ലേശം കൂടാതെ മനസ്സ് ക്ലേശത്തിന് തയ്യാറല്ല ക്ലേശം കൂടാതെ മനസ്സിനെ ഉണർത്തി ആ തത്വത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കുറച്ച് ദൂരമുള്ള തമാശകൾ പറഞ്ഞുകൊണ്ടു ഇത് വില കുറഞ്ഞ തമാശയല്ല സ്വാമി പറയുന്ന തമാശകളല്ല ശ്രുതി പറയുന്നു ദൂരമുള്ള കുറച്ച് തമാശകൾ പറഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ എന്തുകൊണ്ട് ചോദിക്കുന്നില്ലെന്നാണ് ചോദിക്കുന്നത് പൊതുപക്ഷയോടെ നിങ്ങൾ വളരെ കേവന്മാരാണെന്ന് നടിച്ചൊരു ചോദ്യം കൊണ്ടുവന്നു ഒരുപാട് ചോദ്യങ്ങളോട് ചോദിക്കാനുണ്ട് ഇത് യുക്തതരഹ പക്ഷ അപ്പോൾ ഈ വിഷയങ്ങളെ കുറിച്ച് യുക്തതരമായ പക്ഷം ഇതാണ് എന്താണ് ഈ ശ്രുതിയിൽ സർവത്ര കഥകൾ സംഭവങ്ങൾ ചർച്ചകൾ ഇതെല്ലാം മനസ്സിനൊന്ന് ഉണ്ടെത്താൻ വേണ്ടി മാത്രം ഉണർത്തി തത്വത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടി മാത്രം അതിനപ്പുറം ഒരു അദ്വൈതിയുടെ ദൃഷ്ടിയിൽ ഇതിൽ വേറെ സയൻസോ ശാസ്ത്രമോ ഒന്നും തന്നെയില്ല അത് അദ്വൈതീടെ ദൃഷ്ടിയിലെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നു അദ്വൈതിയുടെ വ്യാഖ്യാനത്തെയാണ് ഞാരെങ്കിലും ഈ വേദത്തിൽ നിന്ന് സയൻസോ കണക്കോ എല്ലാം കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ അതിനെ നിഷേധിക്കാനല്ല അതൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ അദ്വൈതയുടെ ദൃഷ്ടിയിൽ ഇവിടെ എന്താണ് സുഖ അവബോധന പ്രതിപത്യർ ആത്മതത്വത്തെ അനായാസമായി ബോധിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഇവിടെ പറയുന്നു അതിന് സഹായിക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയുന്നു വേദത്തിന്റെ വിവക്ഷിതമായ താല്പര്യം അത് മാത്രമാണ് പ്രതീയമാനമായ അർത്ഥങ്ങളാണ് ബാക്കിയുള്ളതല്ല അതിന് പ്രാധാന്യം കൊടുക്കുന്നില്ല അതിനു ചിന്തിക്കേണ്ട കാര്യമില്ലെന്നാണ് പ്രതീതമായ അർത്ഥങ്ങൾക്ക് യാതൊരു പ്രാധാന്യം കൊടുക്കണ്ടായിരുന്നു ഭൗതികമായ അർത്ഥങ്ങൾ ആരെങ്കിലും കണ്ടുപിടിക്കുന്നുണ്ടെങ്കിൽ ആയിക്കോട്ടെ പക്ഷെ അതിവിടെ നിഷ്ഫലമാണ് ഫലമില്ലാത്തതാണ് അതാണ് നടത്തു പറയുന്നത് ആഖ്യായികാദി പരിജ്ഞാനാങ്കിത് ഫലം വിഷയം ഒരാൾ പറയുന്നത് അങ്ങനെയല്ല വേദത്തിൽ സൃഷ്ടിയെ കുറിച്ച് പറയുന്നുണ്ട് ഞങ്ങൾ അദ്വൈതികൾ എല്ലാ അദ്വൈതം കാണുന്നുകൊണ്ടാണ് ഇങ്ങനെ വ്യാഖ്യാനിക്കുന്നത് പക്ഷെ ഞങ്ങൾ അദ്വൈതികളല്ല ഞങ്ങൾ ശാസ്ത്രജ്ഞന്മാരാണ് ഞങ്ങൾ വേദത്തിൽ നിന്ന് പല സയൻസും കണ്ടുപിടിക്കുന്നുണ്ട് ഇവിടെ റ്റം ഇലക്ട്രോണും ന്യൂട്രോണും പ്രോട്രോണും മറ്റെന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത് എന്ന് പറഞ്ഞാലോ പറയുന്നു സൃഷ്ടി ആഖ്യായികാതി പരിജ്ഞാനാ പറയുന്നു നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇതിനൊന്ന് കണ്ടുപിടിച്ചാലും എന്നൊക്കെ ഇഞ്ചിത് ഫലം ഇഷ്ട അതൊന്നും നിങ്ങൾക്ക് ഫലം ചെയ്യുന്നതല്ല അതുകൊണ്ടത് ചിന്തിക്കുന്നില്ല ഞങ്ങളത് ചിന്തിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അന്താഫലം ചെയ്യാത്തത് ഭൗതികമായി ഇതെല്ലാം അറിഞ്ഞുകഴിഞ്ഞാൽ ഭൗതികമായ ഫലങ്ങൾ ഉണ്ടാകുന്നുല്ലോ ഭൗതിക ജീവിതത്തെ മെച്ചപ്പെടുത്താൻ അന്വേഷണങ്ങളും കണ്ടെത്തലുകളും എല്ലാം സഹായിക്കുമല്ലോ ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ ഭാഷകാരൻ അതിനൊന്നും ഫലമായി കൂട്ടുന്നുണ്ടോ ഇവിടെ ഫലമൊന്നു മാത്രമേ ഉള്ളൂ ആത്മബോധം അതിൽ നിന്നുണ്ടാകുന്ന ആത്മ നിർവൃതി വേറെ ഫലമൊന്നുമില്ല ബാക്കിയുള്ള ഫലങ്ങളൊന്നും ഭൌതികമായ ഫലങ്ങളൊന്നും ഫലമേ അല്ല അതുകൊണ്ട് ആരെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും കണ്ടുപിടിച്ച് ഫലം ഉണ്ടാക്കിയാലും ഇവിടെ അദ്വൈതിയുടെ ദൃഷ്ടെന്താണ് അതൊക്കെ നിഷ്ഫലം വേദത്തിൽ ആത്മബോധം ഉണ്ടായോ അതാണ് സംസാരം എന്ത് വൃത്തിക്കാത് മാത്രമേ പോകൂ സംസാരത്തിന്റെ വിസ്തൃതിയെ കൂട്ടത്തിലുള്ളൂ ബാക്കി എന്തൊക്കെ കോലാഹാരങ്ങളിലൂടെ കാണിച്ചാലും അത് ഈ സംസാരത്തെ വർദ്ധിപ്പിക്കും ഇവിടെ ഒറ്റക്കാരുമേ ചിന്തിക്കുന്നു എന്താണോ ഈ സംസാരത്തിൽ നിന്നുള്ള മോചനം എങ്ങനെ സാധ്യമാകും അതിനുവേണ്ടി എങ്ങനെ ആത്മബോധത്തെ സമ്പാദിക്കാം അതിനുള്ള ഉപായം എന്നുള്ള മാത്രമേ ഇവിടെ ഭക്ഷ്യകാരൻ വേദത്തെ സമീപിക്കുന്നുള്ളൂ അതിനുവേണ്ടി എന്ത് വേണം ഐകാത്മിക അമൃതത്വം ഫലം സർവോപനിഷ് പ്രസിദ്ധം അതുകൊണ്ട് ഐകാത്മിക അതാണ് നമ്മൾ പറഞ്ഞത് സമം സർവേഷു ഭൂതേഷു ഷ്ടം പരമേശ്വരം ഗീതയിലും മറ്റും പറഞ്ഞല്ലോ അതാണ് ഐകാത്മികജ്ഞാനം സ്മൃതിഷിച്ച ീതാധ്യാസു സമം സർവേഷം ഇത്യാദിനം എല്ലാം സ്മൃതി വിഷ്ണുപുരാണത്തിന്റെയും മറ്റു വ്യാഖ്യാനത്തിൽ സോഹം സജത്വം സജ സർവമേതാത്മസ്വരൂപം തെജ ഭേദമോഹം രാജപൈ തത്യാജേദം പരമാർത്ഥദൃഷ്ടി ഇതാണ് സർവാത്മഭാവം എന്ന് പറയുന്നത് സ്വഹം സജത്വം സജ സർവമേതത്വം സ്വഹം ഞാൻ അവൻ തന്നെയാണ് സജത്വം അവൻ തന്നെയാണ് നീ സജ സർവമേതെല്ലാം ഈ കാണുന്ന സർവമേതന്നെയാണ് എന്താണ് ആത്മസ്വരൂപം അതുകൊണ്ടെന്താണ് തെജ ഭേദമോഹം ഈ ഭേദമോഹത്തെ നീ ഉപേക്ഷിക്കുക സ്മൃതികളിൽ പറഞ്ഞിരിക്കുക ശ്രമതിയിൽ മാത്രമല്ല വീതിയിൽ പറഞ്ഞിരിക്കുന്ന സമം സർവേ ശുതിഷ്ഠന്ദം പരമേശ്വരം അങ്ങനെയുള്ള ഐകാത്മ്യ സ്വരൂപ പരിജ്ഞാന അമൃതത്വം അതാണ് ഫലം ശ്രുതിയിൽ നിന്ന് ആ ഫലമാണ് ഉണ്ടാകേണ്ടത് ഇത് സർവോപനിഷത്ത് പ്രസിദ്ധം സർവോപനിഷത്തുകളിൽ ഇതാണ് പ്രസിദ്ധമായിരിക്കുന്നത് മുഖ്യമായി വെളിപ്പെട്ടിരിക്കുന്ന ഇതാണ് അതല്ലാതെ മറ്റ് ശാസ്ത്രവും സയൻസോ ഒന്നും ഇതിനകത്തില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്താണ് അതെല്ലാം നിഷ്ഫലമാണ് അതൊന്നും ആത്മബോധത്തിന് ഉപകരിക്കുന്നതല്ല അതുകൊണ്ട് എന്താണ് ഇവിടെ നിന്ന് ചർച്ചകൾ ഇതുവരെ എത്തിയത് സീമ മനം വിതാരിയ മൂർധാവിനെ പുലർന്നിട്ട് ജീവൻ ഉള്ളിലേക്ക് കയറുന്നു എന്നെല്ലാം പറയുന്നത് എന്താ ഇതിൻ്റെയൊക്കെ താല്പര്യം കുറുമ്പ് മാണത്തിലേക്ക് എഴിഞ്ഞു കയറുന്നത് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചല്ലോ അതിന് സമാനം പറയണം അതിന്റെയൊന്നും താല്പര്യം അങ്ങനെയൊക്കെ അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചൊന്നും ബോധിപ്പിക്കാനാണ് മൂർധാവിൻ കയറി അതുകൊണ്ട് ഇനി അതുവഴി തന്നെ ഇറങ്ങിപ്പോണം അതിനുള്ള അഭ്യാസങ്ങൾ ചെയ്യണം ഇവിടെ പഠിപ്പിക്കുകയല്ല പിന്നെന്താണ് മഹാമായവിയായ ദേവൻ സൃഷ്ടിച്ചു ആ സൃഷ്ടിയോട് താതാന്യപ്പെട്ടു ആ താതാന്യപ്പെട്ടിരിക്കുന്ന അതേ ദേവൻ തന്നെയാണ് സർവശക്തനും സർവജ്ഞനുമായ ഈശ്വരൻ തന്നെയാണ് ഇവിടെ രണ്ടാമതും വന്നിട്ടില്ല ആ സർവാത്മഭാവം ആ സ്വരൂപ ബോധം അതുണ്ടാവുന്നതിന് വേണ്ടിയിട്ടാണ് അതാണ് ഈ മായി നിന്നവനെ മോചിപ്പിക്കുന്നത് അതിനുവേണ്ടി ഇത് പറഞ്ഞതാണ് അല്ലാതെ അതിന്റെ പ്രതീയമാനമായ അർത്ഥം അതല്ല സ്വീകരിക്കേണ്ടത് ഉപനിഷത്തിൽ സർവ്വത്ര വിവക്ഷിതമായ അർത്ഥത്തെ സ്വീകരിക്കണം അതാണ് ഇനിയും വിശദീകരിക്കുന്നത് ഈ ആശയത്തെ തന്നെയുണ്ട് നമുശേഷൻ സർജ്ജി ഓ സാള വരല്ലേ സഞ്ജു ഓ നമിഷേ സഞ്ജു